കുറെ ചോദ്യങ്ങളുണ്ട് ഓരോന്ന് ഓരോന്ന് നോക്കട്ടെ എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് എന്ന് കരുതി നിഷ്ക്രിയരായി ഇരുന്നതല്ലേ ഹിന്ദുധർമ്മത്തിനുമേൽ ഇത്രയേറെ ആക്രമണങ്ങൾ ഉണ്ടായത് ധർമ്മം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയല്ലേ വേണ്ടത് വളരെ കാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് എപ്പോഴും എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണെന്ന് പറയാം എന്താണ് എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് എന്ന് കരുതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിലിപ്പം ഈ ചോദ്യം ചോദിച്ച ആള് ഉദ്ദേശിക്കുന്നത് സ്വാമിയുടെ എന്താ അദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കുന്ന കാര്യത്തിൽ അത് ശരിയാണോ എന്നുള്ളത് അറിയില്ല ഒന്ന് ക്ഷേത്രങ്ങളുടെ ധ്വംസനം രണ്ട് മതം മാറ്റം ഇതായിരിക്കാം ഉദ്ദേശം ഇല്ലേ കരുതുന്നു ഇവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുക അപ്പം എന്താ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ വളരെ ആലോചിക്കേണ്ട ഒരു വിഷയാണ് നിങ്ങൾ അതിവിടെ ഏതെങ്കിലും ആരെങ്കിലും ഹിന്ദു ധർമ്മം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ നാശം ഹിന്ദു ധർമ്മത്തിൻ്റെ നാശമല്ല ക്ഷേത്രങ്ങളെത്ര നശിച്ചു കഴിഞ്ഞാലും ഇവിടെ ഈ ധർമ്മം സനാതനധർമ്മം നശിക്കാൻ പോകുന്നില്ല അതിനെതിരെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അതിന് തടയിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനിവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വഴിക്ക് പോട്ടെ നിൽക്കുക ഹിന്ദുക്കളേതായാലും അതിനെതിരെ ശ്രമമൊന്നും നടത്തണ്ട അത് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ആളുകൾ ചെയ്തോളൂ രണ്ടാമത് മതം മതമാറ്റത്തിനിപ്പോൾ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതത്തെ അറിയാനുള്ള ശ്രമം ഹിന്ദുക്കൾ നടത്തുക ഇത്രയുള്ളൂ അല്ലാതെ ഇതിന് വേറെ യാതൊരു പോം വഴിയില്ല അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് വിവേകാനന്ദ സ്വാമികൾ പറയുന്നതാണ് സ്വാമിജിയോട് പോയിട്ട് ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് സ്വാമിജി നമുക്ക് എന്ത് വേണം ആളുകളെ നന്നാക്കണമെന്ന് പറയാം ലോകം നന്നാക്കണം ഇപ്പം സ്വാമിജി പറഞ്ഞത് നീ നന്നാവൂ എന്നാൽ ലോകത്ത് ഒരു വിഡിയുടെ എണ്ണം ആദ്യം സനാതനധർമ്മത്തിൻ്റെ വിശിഷ്ടമായ മൂല്യങ്ങൾ എന്തൊക്കെയാണോ ഋഷി പറഞ്ഞിട്ടുള്ളത് അത് നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് ഇതാണ് വേണ്ടത് അല്ലാതെ ഇതിനെതിരെ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ധർണ നടത്തിയിട്ടോ സമരം നടത്തിയിട്ടോ ഒന്നും ഒരു അതുകൊണ്ട് ഈ ധർമ്മം സ്വായത്തമാക്കുക ശാസ്ത്രം ശ്രവിക്കുക അതിനെ ഉൾക്കൊള്ളുക ഇതൊക്കെ ഈ വിഷയത്തിൽ ഉള്ളൂ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ സംരക്ഷണമല്ല ഹിന്ദുധർമ്മത്തിൻ്റെ സംരക്ഷണം അത് ഒരുവൻ ശ്രവിച്ച് മനനം ചെയ്ത് അതിനെ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരുന്നതാണ് ഹിന്ദു ധർമ്മം അത് മറ്റ് മതങ്ങളെപ്പോലെയല്ല ഇത് ഒരു ജീവിതചര്യയാണ് എന്ന് പറയാം അതുകൊണ്ട് മഹാത്മജി പറയുന്നുണ്ട് ഇവിടെ ഈ ലോകത്തിൽ ഒരു ക്ഷേത്രങ്ങളും നിലനിന്നിട്ടില്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും നശിക്കട്ടെ എന്ന് പറയാം നശിച്ചു പോട്ടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും മഹാത്മജി പറയണു ഈശാവാസ്യിതം സർവം എന്നൊരു അരമന്ത്രം മതി ഈ സനാതനധർമ്മം എന്തെന്ന് ലോകമറിയാൻ എന്ന് പറയാം ഒരമന്ത്രം സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സിലായിരിക്കണം എന്ന് പറയാം അങ്ങനെയാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ സംരക്ഷകരായിട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്ന് ആവശ്യമില്ലാത്തതാ ഇതിനെ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നുമല്ല ഈ ലോകത്ത് ധർമ്മ ധർമ്മം ആചരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പല ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ അധർമ്മികൾ വളരെ സുഖമായിട്ട് കഴിയണു ഈ ജന്മത്തിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ധർമാചരണത്തിന് പ്രേരണയായി ഭവിക്കുന്നത് എന്താണ് ഒരു ഭക്തൻ ഭക്ത ശ്രദ്ധിക്കൂ അതെ ഇതിപ്പോ ഈ ഭക്തൻ വേറൊരാളുടെ കാര്യ ചോദിച്ചത് ഇയാൾ മാറി നിന്ന് കാണുക എന്താ അയാൾ കാണുന്നത് ധർമ്മം ആചരിക്കുന്ന മനുഷ്യന്മാർക്ക് കഷ്ടപ്പാട് ആര് പറഞ്ഞു അപ്പൊ ഈ ധർമ്മം ആചരിക്കുന്ന ഒരാൾക്ക് കഷ്ടപ്പാടുള്ളതായിട്ട് ഇയാൾ കാണുന്നത് ചിലപ്പം നാല് നേരം പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ച് ധർമ്മത്തിനൊരു നിർവചനമുണ്ട് ഇത് എഴുതിയ ആളെ സംബന്ധിച്ച് ആരാണൊന്നും സ്വാമിക്ക് അറിയില്ല ആരും ആവട്ടെ അയാൾ കാണുന്നു ഇപ്പൊ എൻ്റെ അച്ഛൻ വളരെ ധർമ്മ ആചരിച്ച ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പൊ എങ്ങനെയാ നമുക്കറിയുന്നത് ഇല്ലല്ലോ എന്നാൽ കാട്ടുകള്ളന്മാർ എന്ന് പറയുന്നവർ സുഖമായിട്ട് കഴിയുന്നു ആര് പറഞ്ഞു എന്താണ് സുഖത്തിൻ്റെയും സുഖത്തിൻ്റെ ലക്ഷണം എന്താണ് ശാന്തിയുടെ ലക്ഷണം ഒരാൾക്ക് നമ്മൾ പറയുന്നു അധർമ്മം ആചരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് രണ്ട് കാറുണ്ട് അദ്ദേഹത്തിന് ഒരു സ്വന്തം കാറ് ഭാര്യയ്ക്കൊരു കാറ് പിന്നെ കുട്ടികളൊക്കെ തോന്നിയതുപോലെ കാശ് ചെലവഴിക്കുന്നു അവരങ്ങനെ വലിയ വീട് അവിടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുണ്ട് ഇതുണ്ട് ഇങ്ങനെയുള്ള കുറേ ഭൗതികമായിട്ടുള്ള സാമഗ്രികൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണോ സുഖത്തിൻ്റെ ലക്ഷണം അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് എന്താണ് ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അധിഷ്ഠാനം അതുകൊണ്ട് ഈ തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ധർമ്മം ആചരിക്കുന്നവനെ സംബന്ധിച്ച് അവന് യാതൊരു വിധത്തിലുള്ള ക്ലേശവും ഉണ്ടാകാൻ വഴിയില്ല അതിനൊരു മാറ്റവും ഇല്ലാന്ന് പറയാം ഇനി ധർമ്മം ആചരിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും വന്നു ചേരും എന്ന് കരുതിയിട്ടാണെങ്കിൽ അവിടെ വേറെ പല കുഴപ്പങ്ങളുമുണ്ട് ധർമ്മം ആചരിക്കുന്നവന് അങ്ങനെയൊന്നും കിട്ടിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തെ സംബന്ധിക്കുന്നതാ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഞാനിതാ ഇത്ര വയസ്സായി ഞാൻ ഇതുവരെ ധർമ്മത്തിൻ്റെ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് ഫലം എന്ന് തന്നതൊക്കെയാണ് എന്നൊരാൾ പറയുമ്പോഴും അദ്ദേഹത്തിന് എന്തോ കുഴപ്പങ്ങളുണ്ട് എന്നാ ധർമ്മത്തെ മനസ്സിലാക്കിയതിൽ കുഴപ്പമുണ്ട് സാക്ഷാൽ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ ഒരമ്മയുടെ ഉദരത്തിലേക്ക് ജനിക്കാൻ പോകുമ്പോഴേക്കും അവർക്ക് കഷ്ടപ്പാടാണ് അല്ലേ പ്രസവിച്ചത് നമ്മളെ പോലെയാണോ നമ്മുടെയൊക്കെ ഒരു ഓട്ടോ ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതോ ജയിലിലാണ് പ്രസവിച്ചത് ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ടോ അതോ അമ്മാവന്റെ ജയിലിൽ കൃഷ്ണൻ എഴുതുമ്പോൾ എന്താ എഴുതുക ആദ്യം തന്നെ എഴുതുക എഴുതുന്ന ഞാൻ ജനിച്ചതേ ജയിലാണ് എന്നെ ഗർഭം ധരിച്ചപ്പോ തന്നെ അമ്മയെ അച്ഛനെയും കാരാഗ്രഹത്തിലാക്കി നമുക്കങ്ങനെ ഒരു ഗതി ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രസവിച്ചിട്ട് എന്നെയും കൊണ്ട് അച്ഛൻ മൂക്കറ്റം വെള്ളത്തിൽ തെറ്റിദ്ധരിക്കരുത് കാരണം എന്തു പറഞ്ഞാലും തെറ്റിദ്ധാരണയാണ് ഇതുവരെ വെള്ളത്തിലായിരുന്നു വസുദേവര് നടന്നു പോയത് ഇല്ലേ അങ്ങനെയുണ്ടോ നമുക്ക് അതൊരു കൊട്ടയിൽ ഒരു സാധാ കൊട്ടയില് വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് എന്നിട്ടോ എന്തൊക്കെ ദുരിതങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും എപ്പോഴെങ്കിലും ഒരു പരാതിയായിട്ട് ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ വെറുതെ പറയുന്നു അവർക്കൊക്കെ പ്രശ്നം ഭഗവാനെ സംബന്ധിച്ചോ യശോദയെ സംബന്ധിച്ചോ വസുദേവരെ സംബന്ധിച്ചോ അതൊന്നും ഒരു പ്രശ്നങ്ങളായിരുന്നില്ല എന്ന് പറയാം അതൊന്നും തന്നെ പ്രശ്നങ്ങളായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കഷ്ടപ്പാടാണെന്നും അധർമ്മികൾക്ക് സുഖമാണ് എന്ന് പറയുന്നത് വെറുതെയാണ് സ്വാമി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അധർമ്മം ചെയ്യൂ എന്നിട്ട് നിങ്ങൾക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയൂ നമ്മൾ കുപ്പായ അഴിച്ചു വയ്ക്കാം നിങ്ങൾ അധർമ്മം ചെയ്യൂ എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ഞാൻ സ്വാമി സുഖമായിട്ടിരിക്കണു എന്ന് പറയൂ നിങ്ങളെ വെല്ലുവിളിക്കണം ഇന്ന് തന്നെ പോയിട്ട് ഒരാളെ കത്തിവെക്കുക അല്ലേ നമ്മൾ തന്നെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അല്ലേ നടന്ന് പോകുമ്പോൾ ഒരാളുടെ കണ്ണാടി താഴെ വീണു അതിൽ ചവിട്ടി അത് പൊട്ടിപ്പോയാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ അറിയാതെ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറ്റുമോ പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാലോ സാധാരണ ജനങ്ങൾക്ക് ധർമാചരണത്തിന് പ്രേരണയായി ഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തി തന്നെ ഉണ്ടാതിരുന്നാൽ കിട്ടുമല്ലോ ശാന്തി സങ്കല്പങ്ങളെ കുറിച്ചാണ് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്താ ഈ എഴുത്തുകളൊക്കെ എന്താണ് സങ്കല്പങ്ങൾ സങ്കല്പങ്ങൾക്ക് പറയുന്നു എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സങ്കല്പങ്ങൾ ശക്തിയുള്ളതാണ് അതെ അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണത്തെ ഇവിടെ ചോദിച്ചിരിക്കുക എഴുതിയിരിക്കുകയാണ് അപ്പം നമ്മൾ കയ്യിൽ കാശെടുക്കുന്നു എന്തിന് ഭിക്ഷക്കാരന് കൊടുക്കാൻ അമ്പലത്തിൽ അപ്പം നമ്മൾ സങ്കല്പിക്കുകയാണ് നമ്മുടെ സങ്കല്പം ശക്തിയാണ് ശക്തിയുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ശബരിമലയിലും മറ്റും ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ വന്നത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പലരും ആ സങ്കല്പത്തിൽ നിന്നാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ തന്നെ ഉണ്ടാവുന്നത് ഇപ്പൊ പണ്ട് ഫോണ് ഒരു സ്ഥലത്ത് കൃത്യമായി ഫോൺ ഇല്ലായിരുന്നു വളരെ ദൂരെയുള്ളവരുമായിട്ട് എങ്ങനെ സംസാരിക്കും എന്നാലോചിച്ചു അങ്ങനെ അതിൽ നിന്ന് ആ സങ്കല്പത്തിൽ നിന്ന് ശക്തി പൂണ്ടതാണ് ആ കണ്ടെത്തല് പിന്നെ അതൊരു സ്ഥലത്ത് ബന്ധിതമായി ഫോണ് ഇരിക്കുന്ന ഒരു സ്ഥലം ഇതെപ്പോഴും പോയി അവിടെ എടുക്കണം എന്നായി അപ്പം പിന്നെ അതിൻ്റെ കേബിളിന് കുറച്ചും കൂടെ നീളം കൂട്ടി അതെങ്ങനെ ചുരുട്ടി ചുരുട്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആദ്യകാലത്ത് അതില്ലായിരുന്നു അപ്പം അത് കുറച്ച് നീളത്തിൽ വയ്ക്കും അന്ന് ഇവിടുന്ന് ഇവിടെ വരെ വയ്ക്കാം പിന്നെ അത് നീണ്ട് നീണ്ട് നീണ്ട് നീണ്ടു വന്നു പിന്നീട് അന്ന് എന്തായി കോഡ്ലെസ്സായി അത് വീട്ടിൻ്റെ പരിസരത്തൊക്കെ ആകാമെന്നായി പിന്നെ അത് ദൂരെ ദൂരെ ആയിട്ട് ഇപ്പം എന്തായത് അല്ലേ യജ്ഞശാലയിൽ വരിയായി അല്ലേ അയല്ലോ ഇതൊക്കെ സങ്കല്പങ്ങളാണ് ഇനി അതിൽ പലതും കൂടുന്നു ഒരാളുടെ നമ്പർ സേവ് ചെയ്യാം ആ ആളുടെ പേര് വരും അങ്ങനെ പല പല പല പല പിന്നെ അതിൽ ക്യാമറ വന്നു ഇങ്ങനെ പോകുന്നു ഇതൊക്കെ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ ഇതിങ്ങനെ സൂക്ഷ്മരൂപത്തിൽ അടിഞ്ഞുകൂടുന്നത് സ്ഥൂല രൂപം പ്രാപിക്കുന്നതാണ് ഇത് ശക്തിയുള്ളത് തന്നെ അപ്പൊ എല്ലാ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകാത്തതും ചിലത് മാത്രം യാഥാർത്ഥ്യമാകുന്നതും എന്തുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഈ എഴുതിയതിൽ സങ്കല്പങ്ങൾ വേറെ ആഗ്രഹങ്ങൾ വേറെ ആഗ്രഹത്തെ ഇവിടെ സങ്കല്പമായിട്ട് കരുതിയതാണ് അത് വേറെ എന്ന് പറയാ സങ്കല്പത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ സ്വാധീനിക്കാനാകുമോ തീർച്ചയായിട്ടും സാധിക്കുന്ന അങ്ങനെയാണല്ലോ പ്രേമം സംഭവിക്കുന്നതെന്ന് സ്വാമി പറഞ്ഞത് അല്ലേ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ചിന്തകളെ മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സ്വാധിക്കാൻ സാധിക്കും അകൽച്ചയിൽ കഴിഞ്ഞ ആളോട് അടുക്കണം എന്നുള്ള ആഗ്രഹം അത് ശരിയാണ് ഒരു നമുക്കതിനെ മാറ്റണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവിധ എന്താ തെറ്റിദ്ധാരണ ഞാനും ആളുമായിട്ടുള്ള അകൽച്ച മാറണം എന്ന് ദൃഢമായ സങ്കല്പം തൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മാറാനൊരു എന്താ പറയുക ഒരു സാധ്യതയുണ്ട് എന്ന് പറയുക നമ്മൾ ഇപ്പോൾ നമ്മുടെ രണ്ട് രാജ്യങ്ങൾ ഇപ്പം ഇന്ത്യ പാക്കിസ്ഥാൻ ഇവിടെ ഉള്ളവർക്ക് ഇവർ ഇവിടെ ഉള്ള നമ്മുടെ സങ്കല്പം കുറേം കൂടെ ശക്തിയുള്ളതായി കഴിഞ്ഞാൽ നമ്മുടെ ഐക്യം വളരെ എളുപ്പം സംഭവിക്കുന്ന ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും തന്നെ വേണോ അത് പക്ഷെ ചില ശക്തികൾ അത് വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് വേറെ പലയിടത്തും ഇരുന്നുണ്ട് ഗീതാ രഥകല്പനയെക്കുറിച്ച് വിസ് പറയുന്നുണ്ട് ആത്മാവ് പലതാണോ ശരീരവും ജനസംഖ്യയും ആത്മാവും ചേർത്ത് വിവരിച്ചു തരുക അതൊക്കെ ബുദ്ധിമുട്ടാണ് ജനസംഖ്യ ആത്മാവുമായിട്ട് എങ്ങനെയപ്പം സ്വാമിക്ക് ഒന്നാമത് അറിയില്ല ജനസംഖ്യ കാര്യങ്ങൾ ചിലതൊക്കെ വരാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാം ഉം ഇത് ഇവിടുന്ന് നോക്കേണ്ടി വന്നത് നമുക്കവിടെ സമയം കിട്ടാത്തതുകൊണ്ടാ ഉം ശരി വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ പോണു ഈ പതിനെട്ടാം അധ്യായം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ചില ഇതൊന്നും സ്വാമി വിട്ട് എന്താ മനഃപൂർവം ഒഴിവാക്കിയിട്ടുണ്ട് പറയ പറയേണ്ട സമയത്ത് പറയാം പറയേണ്ടാത്തത് പറയുന്നില്ല എന്ന് പറയാം കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാ ചിലപ്പോൾ പുതിയതായിട്ടുള്ള ശ്രോതാക്കളാവാം എന്തോ ആവട്ടെ ഇനി നമ്മൾ പതിനെട്ടാം അധ്യായത്തിൽ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഗീതയുടെ കാതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് സിദ്ധയേ സർവകർമ്മ വീണ്ടും ഭഗവാൻ കർമ്മത്തിന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും അർജുനന്റെ മുൻപിൽ വീണ്ടും അവതരിപ്പിക്കണം പറയണു പഞ്ച ഏതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാങ്കേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മാം ഹേ മഹാബാഹോ അല്ലയോ വലിയ സാധ്യതകളൊക്കെ ഉള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന അല്ലയോ അർജുന സർവകർമ്മണം സർവകർമ്മണം എല്ലാ കർമ്മങ്ങളുടെയും ഒന്നൊഴിയാതെ സർവകർമ്മണം സർവകർമ്മണം എന്ന് പറയുമ്പം നമ്മുടെ നികണ്ടുവിലും പിന്നെ ഒന്നും ഉണ്ടാവരുത് ബാക്കി എല്ലാം തന്നെ ഒന്നൊഴിയാതെ സിദ്ധയേ സിദ്ധിക്ക് കൃതാന്തേ കൃതാന്തേ എന്ന് പറഞ്ഞാൽ കർമ്മവാസനാമയമായ അല്ലെങ്കിൽ അതെ സാഖ്യേ സാങ്കേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞുവല്ലോ സാങ്ക്യശാസ്ത്രത്തില് ഈ വേദാന്ത ശാസ്ത്രത്തില് പ്രോക്താനി പറയപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇമാനി പഞ്ചകരണാനി അഞ്ച് കരണങ്ങളെ മേ എന്നിൽ നിന്ന് നിബോധ വേഗത്തിൽ നിബോധ അറിഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് വളരെ എന്താ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ സ്വാമി സ്വാമിയുടെ ഇത് ചെയ്യാം ശ്രദ്ധിക്കുക എന്ന് പറയാം അപ്പോൾ ഭഗവാൻ പറയുന്നു എന്താ പറയുന്നത് അല്ലയോ അർജുന വേദാന്ത ശാസ്ത്രത്തിൽ കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അഞ്ച് പറയണോ എന്താണ് പഞ്ചകരണാനി അഞ്ച് കരണങ്ങളെ അല്ലെങ്കിൽ അഞ്ച് കാരണങ്ങളെ കുറിച്ച് എന്നിൽ നിന്ന് നീ കേട്ടാലും നി ബോധ അറിഞ്ഞുകൊള്ളൂ ഞാൻ നിനക്ക് ഒന്നുകൂടെ സംഗ്രഹിച്ച് പറഞ്ഞുതരാം ഇതൊക്കെ കേൾക്കുമ്പം കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളും അങ്ങോട്ട് തീരണം കാരണം ഇത് ഇതിൻ്റെ മാസ്റ്ററാണ് പറയുന്നത് എല്ലാ ചലനങ്ങൾക്കും അധിഷ്ഠാനമായിട്ടുള്ള ആ വസ്തുവാണ് ആ ബോധമാണ് അർജുനന് ഒരു സുഹൃത്ത് എന്ന ഭാവത്തിൽ അല്ലെങ്കിൽ ഗുരു എന്ന ഭാവത്തിൽ ഉപദേശിക്കുന്നത് എന്ന് പറയാം പിന്നെ വേറൊരു ഇടത്തൊന്നും ഇനി കിട്ടാനില്ല അതായത് പണ്ട് ഈ ഒരു പ്രിന്റിംഗ് മിഷൻ വലിയൊരു പുതിയ എന്താ പല സവിശേഷതകളും ഒരു മിഷൻ ഈ ജപ്പാൻകാർ അമേരിക്കയിലേക്ക് അയച്ചു അവരുടെ പുതിയൊരു സാധനമായിരുന്നു അപ്പൊ അതവിടെ സ്ഥാപിക്കാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായി ഈ അമേരിക്കക്കാർക്ക് അപ്പൊ അവർ ഈ കമ്പനിയിലേക്ക് ഒരു ഫാക്സ് കൊടുത്തു നിങ്ങളുടെ നല്ലൊരു വിദഗ്ദ്ധനെ അങ്ങോട്ടേക്ക് അയക്കണം എന്നിട്ട് ഇത് ഒന്ന് സ്ഥാപിച്ചു തരണം എന്ന് അപ്പൊ ഒരാൾ പോയി ജപ്പാൻ അമേരിക്കയ്ക്ക് പോയി അപ്പം അയാളെ കണ്ടപ്പോ തന്നെ ഇവര് ആ മിഷൻ മിഷൻ തൊടാൻ സമ്മതിച്ചില്ല കാരണം ഒരു ചെറിയ പയ്യൻ അവര് തൊടാൻ പോലും സമ്മതിച്ചില്ല തൊടണ്ടെന്ന് പറഞ്ഞു കാരണം അത്രയും വിലപിടിച്ച സാധനമാണ് അപ്പൊ അവര് തിരിച്ചു കമ്പനിക്ക് നല്ലൊരു എഴുത്ത് അങ്ങോട്ട് എഴുതി വാക്സ് ചെയ്തു ഈ അമേരിക്കക്കാർ ജപ്പാൻകാർക്ക് നിങ്ങളെന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് ഞാനൊരു ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലേ നിങ്ങളോടൊരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെയാണ് ആവശ്യപ്പെട്ടത് അപ്പം നിങ്ങളൊരു ഒരു പ്രായപൂർത്തി പോലും ആകാത്ത ഒരു ഒരു പയ്യനെയാണല്ലോ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് അപ്പം അവർ പറഞ്ഞു അവനാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് കണ്ടുപിടിച്ച ആളാണ് പറയാൻ പോണത് ഇതുവരെ ഭഗവാൻ പലരും പറഞ്ഞതും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇനി ഇതാ ഭഗവാൻ നേരിട്ട് കാര്യം അവതരിപ്പിക്കാൻ പോവാ ഞാൻ എന്നിൽ നിന്ന് ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും നീ അറിഞ്ഞുള്ളൂ മേ നിബോധ ഇത് കണ്ടുപിടിച്ച ആളാണ് പറയാൻ പോണത് ഇതുവരെ ഭഗവാൻ പലരും പറഞ്ഞതും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇനിതാ ഭഗവാൻ നേരിട്ട് കാര്യം അവതരിപ്പിക്കാൻ പോവാ ഞാൻ എന്നിൽ നിന്ന് ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും നീ അറിഞ്ഞുള്ളൂ മേ നിബോധ എൻ്റെ അടുക്കൽ നിന്ന് അറിയൂ പറയാൻ പോകുന്നു ഭഗവാൻ എന്തൊക്കെയാണ് അഞ്ച് കാരണങ്ങൾ ഒന്ന് നമ്മൾ കണ്ടതാ കർമ്മത്തിൻ്റെ ഉത്ക്ഷേപം അവക്ഷേപവും ഗമനം ച പ്രസാരണം ആകുഞ്ചന നിധിപ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ സുരേശ്വരാചാര്യർ മാനസോല്ലാസം വാർത്തികയിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ യിൽ പറയൂ കർമ്മ പഞ്ചവിധം അഞ്ചു പ്രകാരത്തിലാണ് ഇവിടെ വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ പറയുന്നു അധിഷ്ഠാനം തഥാ കർത്തേഷ്ട്ര പഞ്ചമം ശ്രദ്ധിച്ചോളൂ കർമ്മയോഗത്തെ സംഗ്രഹിച്ച് അവതരിപ്പിക്കാൻ പോവാണ് അധിഷ്ഠാനം തഥാ കർത്ത കരണം ചൃഥക്വിധം വിവിധ ച പൃഥക് ചേഷ്ട ദൈവം ച അത്ര പഞ്ചമം പറയുന്നു അധിഷ്ഠാനം ഒരു ഇരിപ്പിടം ഒരു ബേസ് എന്ന് പറയാ അധിഷ്ഠാനം തഥാ അപ്രകാരം കർത്ത കർത്താവ് കർത്താവ് എന്ന് പറയുമ്പം വ്യക്തിബോധം എന്നും കൂടെ ഉണ്ട് പൃഥക് ഇനി പൃഥക്വിധം വേ വിധമായിട്ടുള്ള കരണം കരണം എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങള് അതെന്തൊക്കെ വരും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അപ്പൊ എന്തൊക്കെയായി അധിഷ്ഠാനം പറഞ്ഞാൽ അതിൻ്റെ ഇരിപ്പിടം അതുപോലെ തന്നെ കർത്താവ് കർത്താവ് എന്ന് വ്യക്തി ബോധം പിന്നെ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങള് തുടർന്ന് പറയുന്നു വിവിധ പൃഥക് ചേഷ്ട വിവിധ പല പ്രകാരത്തിലുള്ള വിവിധങ്ങളായ പൃഥക് എന്ന് പറഞ്ഞാൽ വെവേറെയായിട്ടുള്ള ചേഷ്ട ചേഷ്ടകൾ ആ ചേഷ്ടകളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഉക്ഷേപണം അവക്ഷേപോ ഗമനം പ്രസാരണം ആകുഞ്ചനം ഇത്യാദികളൊക്കെ ചേഷ്ട ചേഷ്ടമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ടല്ലോ അല്ലേ അത്ര ഇതിൽ ഏത് ഈ കർമ്മസിദ്ധിയിൽ പഞ്ചമം അഞ്ചാമത്തേത് ദൈവം ചേവ ദൈവം പ്രകൃതി ശക്തി പ്രകൃതി അപ്പൊ എന്തൊക്കെയാണ് പ്രകൃതി ചേഷ്ട കർത്ത ഇന്ദ്രിയങ്ങൾ എന്താണ് അധിഷ്ഠാനം ഇതാണ് ഈ അഞ്ചിനെയും ഒന്ന് അറിയേണ്ടത് തന്നെ ഒരു ആവശ്യമാണ് പക്ഷെ പലരെ സംബന്ധിച്ചും ഇത്തരത്തിൽ അഞ്ച് അധിഷ്ഠാനങ്ങൾ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കർമ്മത്തിൻ്റെ പിറകിൽ ഇത്രയും ഉണ്ട് എന്നറിയാ എന്നറിയുന്നവർ തന്നെ ദുർലഭമാണ് അതുകൊണ്ടാണ് മഹർഷി ഉപദേശസാരത്തിൽ പറഞ്ഞത് ഉപദേശസാരം വളരെ സംഗ്രഹിച്ച് വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതാ കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിംപരം കർമ്മതജ്ജടം കൃതിമഹോദതൗ പതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം ഈശ്വരാർപ്പിതം നേച്ചയാകൃതം ചിത്തശോധകം മുക്തിസാധകം എന്നൊക്കെ പറഞ്ഞുവല്ലോ അവിടെ കർമ്മം എന്താണ് കർമ്മം ജഡമാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം കൂടി ചേരുന്നില്ല എങ്കില് കർമ്മം ജഡം തന്നെയാണ് എന്ന് പറയാം ഇപ്പൊ ഇതില് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അധിഷ്ഠാനം ഒരു കർത്താവ് ഇന്ദ്രിയങ്ങൾ ചേഷ്ടകള് പ്രകൃതി ശക്തി ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ആ ഈ വന്നു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ ഒന്ന് അറിയുന്നത് എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് പലതും അറിയാത്തതുകൊണ്ട് ഉത്തരം കിട്ടാത്തത് എന്തിനു ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു കർമ്മത്തിന്റെ പിറകിലുണ്ട് എന്നറിയുമ്പം നമ്മുടെ കർമ്മത്തിന് കുറേയും കൂടെ എന്താ ഒരു പൂർണ്ണത ഉണ്ടാവുമെന്ന് പറയുക ഇതുവരെയുള്ള കർമ്മങ്ങൾക്കൊന്നും ഒരു പൂർണ്ണത ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല അതിൻ്റെ ഒരു പൂർണ്ണതയിൽ തുടർന്ന് ശരീരവാങ് മനോഭിം തേതവ നരഹ മനുഷ്യൻ ശരീരവാങ് മനോഭിഹി ശരീരം വാക്ക് മനസ്സ് ഇതുകൊണ്ട് ഇതെല്ലാം കർമ്മ ഇത് ഇതുകൊണ്ട് ചെയ്യുന്നതൊക്കെ കർമ്മമാണ് ഭഗവത്ഗീതയുടെ പക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ആചാര്യന്മാര് കർമ്മം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വെറുതെ വെറും എന്തെങ്കിലും കൈ കൊണ്ടെടുക്കുന്നതും കൊടുക്കുന്നതും മാത്രമല്ല എന്താ കർമ്മത്തിന്റെ തലങ്ങൾ ഇതൊക്കെയാണ് ശരീരമുണ്ട് വാക്കുണ്ട് മനസ്സുണ്ട് ന്യായം വാ വിപരീതം വാ ഭഗവാൻ പറയുന്നു അത് ന്യായമാകട്ടെ വിപരീതമാകട്ടെ അന്യായമാകട്ടെ അതൊക്കെ നമ്മൾ മനസ്സിലൊക്കെ കൊടുക്കുന്ന ന്യായമാണ് ഞാൻ ചെയ്തത് ന്യായം അല്ലെങ്കിൽ അയാളുടെ അന്യായം ഇത് അതുകൊണ്ട് ന്യായം വാ വിപരീതം വാ അന്യായമാവട്ടെ ഏത് കർമ്മ പ്രാരഭത്തെ യാതൊരു കർമ്മം ആരംഭിക്കുന്നുവോ തുടങ്ങുന്നുവോ തസ്യ ഹേതവ അതിൻ്റെ കാരണം ആ കർമ്മത്തിന് ഹേതുവായിട്ട് ഏതേ പഞ്ച ഈ അഞ്ചാണ് ഈ അഞ്ചില്ലാതെ കർമ്മമില്ല എന്ന് പറയാ അതുകൊണ്ട് ഇവിടെ രഥകൽപ്പന വീണ്ടും മനസ്സിലാക്കുന്നത് നല്ലതാ എങ്ങനെയാണ് നമ്മുടെ ശരീരമാകുന്ന രഥം പോകുന്നതിന് ഹേതുവായിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതൊക്കെയാണല്ലോ ഇതിന്റെയാണ് വേറെ പ്രകാരത്തില് ഭഗവാൻ വരച്ചു വെച്ചിരിക്കുന്നത് ആത്മാനം രഥിനം വിധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷുഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിനത് ഓർമ്മയുണ്ടല്ലോ ഓരോന്ന് തമ്മിലുള്ള ബന്ധം ഇതിനെ ചോദിച്ചിട്ടുണ്ട് രഥകൽപ്പന എടുക്കാൻ എടുക്കാം അതിൻ്റെ ഒരു സമയം ഒന്നുകൂടെ വരുന്നുണ്ട് സമയത്ത് ഒന്നുകൂടെ എടുക്കാം അത് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ യജ്ഞശാല വിട്ടു പോകാൻ എന്ന് പറയുക നമ്മുടെ ആ എന്നിട്ട് നമുക്കറിയാം നമ്മുടെ കുതിര എങ്ങോട്ട് നീങ്ങുന്നു ഏത് കുതിരക്കാ കുഴപ്പം ഏതിൻ്റെ കുളമ്പിനാണ് ഇത് എന്താ പറയുക ഏതിനെ പിടിച്ച് ഏത് ഏതിലോ ഏതോ ഒന്നിരണ്ടെണ്ണത്തിന്റെ ഈ കയർ നമ്മൾ ലൂസാക്കി വിട്ടിട്ടുണ്ട് ചിലതിനൊക്കെ പിടി മുറുക്കിയിട്ടുണ്ട് ചിലതിനൊക്കെ വെറുതെ പിടിച്ചു ചിലതിനെ പൂർണ്ണമായിട്ട് വിട്ടിരിക്കുക അതും മുഴുവനായിട്ട് വിട്ട കുഴപ്പം ചിലത് മാത്രം ലൂസാക്കി വിട്ടാൽ കുഴപ്പം ചിലത് പിന്നെ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടില്ലേന്ന് തന്നെ അറിയുന്നില്ല കാരണം എന്താ കുതിര പ്രവർത്തിക്കുന്നില്ല മരക്കുതിരയായിട്ടിരിക്കുക ചെക്കാതൊന്നും കേൾക്കുന്നില്ല പേരിന് ഒരാളെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയല്ല നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഏത് കർമ്മത്തിനും അധിഷ്ഠാനമായി കർമ്മത്തിന്റെ പിറകിൽ ഈ അഞ്ചിൽ നിന്നാണ് കർമ്മങ്ങളെല്ലാം ആവിർഭവിക്കുന്നത് അല്ലെങ്കിൽ കർമ്മത്തിന് ഹേതവഹ ഹേതുവായി എന്താ നിലകൊള്ളുന്നത് ഈ അഞ്ചാണ് എന്ന് പറയാം അതുപോലെ ഭഗവാൻ ഇവിടെ മൂന്നെണ്ണത്തിനെയും കൂടെ കൂട്ടിയെടുത്തു അതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക കർമ്മത്തിൻ്റെ ആശ്രയം എന്തൊക്കെയാണ് ശരീരം വാക്ക് മനസ്സ് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നു ശരീരമുണ്ട് വാക്കുണ്ട് മനസ്സുണ്ട് എന്ന് പറയാം അതെങ്ങനെയാണ് പ്രവൃത്തി രൂപത്തിൽ അതേപോലെ വാഗ് രൂപത്തിൽ വിചാരരൂപത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ കർമ്മങ്ങൾ പ്രവൃത്തി രൂപത്തിൽ വാക്ക് രൂപത്തിൽ വിചാരരൂപത്തിൽ നമ്മുടെ ധർമ്മം ഋഷി എല്ലാറ്റിൻ്റെയും ആരംഭം വിചാരങ്ങളാണ് വിചാരമാണ് വാക്ക് വാക്കാണ് പ്രവൃത്തി പ്രവൃത്തിയാണ് പെരുമാറ്റം മറന്നു എവിടെ ശുദ്ധീകരിക്കണം വികാര വിചാരങ്ങളെ വികാര വിചാരങ്ങളെ ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അന്നമയം ഹി സൗമ്യ മനഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നമയമാണ് കുട്ടി മനസ്സ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം ഇതെന്താ സ്വാമി അങ്ങോട്ട് ബോധിക്കാത്തത് കുറയ്ക്കണം എന്ത് കഴിക്കണത് എന്ന് പറയാം കുറച്ചുകൂടെ അതൊരു ശ്രമം നടത്തൂ അത്രയുള്ളൂ സ്വാമിക്ക് പറയാൻ അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പോകേണ്ടതുണ്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം ആരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അർജുനന് സാധിക്കും എന്ന് പറയാം ദുര്യോധന അത് സാധിക്കില്ല അതാണ് അർജുനന്റെ ഒരു സവിശേഷത അതുകൊണ്ട് ഭഗവാൻ അർജുനനെ അറിഞ്ഞു ഇനി അർജുനനെ ഭഗവാൻ എടുത്തു കൊണ്ടുവരാനും പറ്റും ആത്മാനം കവലം പശ്യതി അഗ്രത അഗൃതബുദ്ധി സ അകൃത ബുദ്ധിത്വാത് നസ പശ്യതി ദുർമതിഹി പറയണോ തത്ര തത്ര അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ ആ അഞ്ച് കാരണം ഏവ സതി ഉള്ളപ്പോൾ ആ അഞ്ച് കാരണം അപ്രകാരം നിലകൊള്ളുന്ന സമയത്ത് നിലകൊള്ളുന്നത് കൊണ്ട് യഹാത്തു യാതൊരുവനാകട്ടെ ആത്മാനം കേവലം കർത്താരം പശ്യതി ആത്മാനം തന്റെ ആത്മൻ ശബ്ദത്തിന് പറഞ്ഞുവല്ലോ ശരീരം മനസ്സ് ബുദ്ധി ബോധം ഇത്യാദികളൊക്കെ അപ്പൊ തന്നെ കർത്താവായിട്ട് കേവലം കർത്താരം കർത്താവായിട്ട് പശ്യതി കാണുന്നത് താനാണ് കർത്താവ് ഈ അധിഷ്ഠാനങ്ങളൊന്നും ഇല്ലേവന് പറയണു സഹ അവൻ അകൃത ബുദ്ധിത്വാദ് അകൃത ബുദ്ധിത്വാദ്ന്ന് പറഞ്ഞാൽ സംസ്കാരശൂന്യമായ ബുദ്ധി കൊണ്ട് സംസ്കരണം നടന്നിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രശ്രവണം നടന്നിട്ടില്ല അതുകൊണ്ട് എന്ന പശ്യതി അവൻ കാണുന്നില്ല എന്ന് പറയാ എന്ത് കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ദുര്യോധനൻ കാണാത്തത് ദുര്യോധനൻ കാണാത്തത് എന്താ ഇതാണ് ഞാൻ കാണുന്നതോ എന്നിൽ ഇതൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കും ഈ ഒരു അതായത് ഒരു ഒരു ആശ്രമത്തില് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു നീ നിന്റെ അനുഭവങ്ങളൊക്കെ ഞാനുമായിട്ട് പങ്കുവയ്ക്കണം എന്നോട് പങ്കുവയ്ക്കണം നീ ഇവിടുന്ന് പോവല്ലേ അതെ അവൻ പോവുകയാണെന്ന് പറയാം ഉഗ്രമായ തപശ്ചര്യയിലേക്ക് മുഴുകാൻ പോവുകയാണെന്ന് ഗുരുവിനോട് പറഞ്ഞു ഗുരു പറഞ്ഞു ശരി നന്നായി വരൂ വത്സ പറഞ്ഞു ഹിമാലയ സാനുക്കളിലേക്കാണ് യാത്ര അപ്പം നീ എഴുതണം എഴുത്തെഴുതണം എഴുത്തിലൂടെ നിൻ്റെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കുക എന്ന് പറയും അവൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പം ഗുരുവിനൊരെഴുത്തയച്ചു ഗുരു ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള കാര്യം ഞാനിത് ഏറെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുത് വായിച്ചിട്ടാകെ നിരാശനായി പിന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പം വീണ്ടും ഒരെഴുത്ത് സർവത്ര ഞാൻ ബ്രഹ്മം കാണുന്നു എന്ന് ഗുരു ആ കത്ത് ചുരുട്ടി കൊട്ടയിലേക്ക് കരയറും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കത്ത് വീണ്ടും കത്ത് എന്താണ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പ് വന്നു തുടങ്ങിയിരുന്നു അപ്പൊ ഗുരു ഒരു കോട്ടുവായിട്ടു ആ പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് കത്തൊന്നുമില്ല ഒരു വർഷം കഴിഞ്ഞു കത്തേ വരുന്നില്ല അപ്പൊ ഗുരു ഒരു കത്ത് അങ്ങോട്ടയച്ചു നീ എന്താ നിന്റെ കർത്തവ്യം മറന്നുപോയോ എന്തുകൊണ്ട് നീ എനിക്ക് എഴുത്തെഴുതുന്നില്ല എന്നൊക്കെ അപ്പൊ പിന്നെ കുറേ പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു എഴുത്ത് വന്നു അങ് എന്നെ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നെ എന്നെ എന്നെ അലോസരപ്പെടുത്തരുത് എനിക്കൊന്നും പറയാനില്ല ഒന്നും എഴുതാനില്ല അതുകൊണ്ട് പ്ലീസ് എന്നെ വെറുതെ വിടുക ഈ കത്ത് കിട്ടിയപ്പോഴാണ് ഗുരുവിന് വലിയ സന്തോഷമായത് എന്ന് പറയും അവൻ വിദ്യ പഠിച്ചു അവൻ അഭ്യസിച്ചു അവന് മനസ്സിലായി ബോധിച്ചു അപ്പൊ ഇവിടെ ഇത്തരത്തിലൊരു ഒരു നിലയിലേക്ക് അർജുനന് ഉയരേണ്ടതുണ്ട് എന്ന് പറയാം അതാണ് ഇനി ഭഗവാൻ ജയിക്കുന്നത് അതുവരെ അർജുനൻ എഴുത്തെഴുതിക്കൊണ്ടിരിക്കും ആർക്ക് ഭഗവാൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാം അപ്പൊ തത്ര അവിടെ ഈ പറഞ്ഞ കാരണങ്ങളെ അഞ്ച് കാരണങ്ങളെയും കാണാത്തവൻ ഒന്നും കാണുന്നില്ല എന്നവർ അവൻ കാണുന്നത് എന്താ തൻ്റെ ശേഷി തൻ്റെ ശേമുഷി എന്ന് പറയാം തൻ്റെ അധികാരം തൻ്റെ യശസ് നേടിയെടുത്തത് അതുകൊണ്ട് ഞാൻ പലതും ചെയ്യും അങ്ങനെ ഞാൻ കർമ്മഫലം അനുഭവിക്കുന്നുവരും തുടർന്ന് लिप्य अहम कृत भाव बुद्धि यिप्य हवा अं इमां नी न निबध्यते। യസ്യ യാതൊരുവന് അഹം കൃത ഇതി ഭാവ അഹം കൃത ഞാൻ ചെയ്തവനാണ് എന്ന ഭാവം ന ഭവതി ഉണ്ടാകുന്നില്ലയോ ഞാൻ ചെയ്തവനാണ് എന്ന ഭാവം ഉണ്ടാകാതിരിക്കണം എങ്കിൽ സ്വാമി ഇതെങ്ങനെ സാധിക്കും എന്നാണെങ്കിൽ ഈ അഞ്ചെണ്ണത്തിനെ അറിഞ്ഞാൽ മതി ഈ അഞ്ചിനെ അറിയുമ്പോഴേ ഞാനെന്ന ഈ ഭാവം നീങ്ങുള്ളൂ മറ്റു കുറച്ചാളും കൂടെ ഉണ്ട് ഒരു ടീം വർക്കാണോ ഈ തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് എന്താ അല്ലേ ഏറ്റവും വലിയ ടീം വർക്കിന്റെ ഒരു ഉദാഹരണമാണ് തേനീച്ച എന്ന് പറയും പല കൂട്ടിൽ നിന്ന് പല പൂക്കളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അവരവരുടെ കൂടുകളിൽ ശേഖരിക്കണം ഇതുപോലെ ഒരുപാട് ആളുകൾ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് പറയും ഇതി ഭാവ എന്ന അറിവ് എന്ന ഭവതി ഉണ്ടാകുന്നില്ല യസ്യ ബുദ്ധി യാതൊരുവന്റെ ബുദ്ധിയാണോ ന ലിപ്യത ഫലകാംക്ഷയിൽ പറ്റാതിരിക്കുന്നത് അതിൽ പുരളുന്നില്ല എന്ന് പറയാം സഹ അവൻ ഇമാൻ ലോകാൻ ഹത്വാ അവനീ ലോകങ്ങളെ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അവനീ ലോകങ്ങളെ ഹത്വാ ഹനിച്ചാൽ പോലും കൊന്നാൽ പോലും എന്താ നഹന്തി അവൻ ഹനിക്കുന്നില്ല അവൻ കൊല്ലുന്നില്ല എന്ന് പറയാം അവന്റെ കൈകൾ അത്രയും പരിശുദ്ധമാണ് ഒരു ഡോക്ടർ രോഗിയെ കത്തി വയ്ക്കുന്നത് പോലെയാണ് ഡോക്ടർക്ക് പിന്നെയും ഇത് കത്തി വെച്ച് കഴിഞ്ഞാൽ വേറെ കത്തി വെക്കാനുണ്ട് എന്നുള്ളത് വേറെയുണ്ട് അല്ലേ അത് വേറെ അല്ലാതെ ഒരു താല്പര്യമുണ്ട് കാരണം ഈ താല്പര്യമില്ലാതെ ചെയ്യുന്നവരുണ്ട് ചിലരൊക്കെ ചില ദിവസങ്ങൾ ചില ഡോക്ടർമാരുണ്ട് എത്രയോ പേര് സ്വാമിക്ക് അറിയാം വളരെ തിരക്ക് പിടിച്ചവരും ഒരുപാട് ഫീസും മേടിക്കുന്നവരും ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ഒരു ദിവസം പ്രത്യേക ദിവസമൊക്കെ അവർ സൗജന്യമായിട്ട് ചികിത്സ നടത്തുന്നു വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തന്നെ എല്ലാം ഉണ്ട് അതേസമയത്ത് കേട്ടിട്ടുള്ളത് എന്താണ് അത് വേണമെങ്കിൽ ഇത് തന്നു കഴിഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർമാർ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ടൊക്കെ കാശ് എങ്ങനെയൊക്കെയോ സ്വരൂപിച്ചിട്ട് കടവും എന്തൊക്കെയോ വിറ്റ് സ്വരൂപിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു അത്ര ഇത് എൻ്റെ നായക്ക് ബിസ്ക്കറ്റും മേടിക്കാൻ പോലും തികയില്ലയെന്ന് അങ്ങനത്തെ ഡോക്ടറും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇവിടെ ന അവൻ ലോകങ്ങളെ ഹനിച്ചാൽ പോലും അവനിൽ ആ അത് പറ്റി പിടിക്കുന്നില്ലാന്ന് ഉപനിഷത്തിന്റെ വാക്കാണ് ന ലിപ്യത അത് പറ്റിപ്പിടിക്കുന്നില്ല അവനെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് പറയാം ന ഹന്തി തസ്യ ഭലേന ന ബധ്യത അതിന്റെ ഫലത്താൽ അവൻ ഒരിക്കലും അവനെ ആ കർമ്മം ഒരു പ്രകാരത്തിലും അവനിൽ പാടുകൾ വീഴ്ത്തുന്നില്ല അപ്പൊ അവൻ എന്താ അറിയേണ്ടത് ഈ രഹസ്യം അറിയണം എന്താ സ്വാമി ചോദ്യമൊന്നുമില്ലേ എന്നാണെങ്കിൽ കുറെ ചോദ്യമുണ്ട് സ്വാമി ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല ഓരോന്ന് സന്ദർഭത്തിനനുസരിച്ച് പറയുന്നതായിരിക്കും ഒന്ന് രഥകൽപ്പനയെക്കുറിച്ചിട്ടാണ് വീണ്ടും വീണ്ടും കേൾക്കണം ഏതായാലും സ്വാമി വൈകിക്കുന്നില്ല ഒന്നുകൂടെ ഉറപ്പാക്കുക പിറകിലേക്ക് കാണുന്ന ചിത്രം നോക്കുക എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് ഭഗവാൻ അതിൻ്റെ പിറകിൽ അർജുനൻ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ഏറ്റവും മുൻപില് കുതിരകൾ കുതിരകൾ കുതിരകളെ കടിഞ്ഞാണുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ആ കടിഞ്ഞാണ് ഭഗവാൻ്റെ കയ്യിലിരിക്കുന്നു ഭഗവാന്റെ പിറകിൽ അർജുനൻ ഇവരെല്ലാം കൂടെ രഥത്തിൽ നിൽക്കുന്നു നമ്മുടെ തന്നെ ചിത്രമാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ആദ്യം ഇതിൽ എന്താ ആത്മാവ് ആത്മാവിന് രഥമായി ആത്മാനം രഥിനം വിധി രഥത്തിൻ്റെ ഉടമയായി അറിയാൻ രഥത്തിന്റെ ഉടമ എന്ന് പറയുമ്പം ആത്മാവിനെ സഞ്ചരിക്കാനുള്ളത് ഇതൊക്കെ ഒരു കല്പനയാണ് അപ്പൊ ഉടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉടമയാണോ ആത്മാവ് എന്ന ചോദ്യം ചോദിക്കാൻ പാടില്ല തൽക്കാലം എവിടെയെങ്കിലും ഒന്നും അതിനു വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സിം കാർഡ് ഉണ്ടാവുമല്ലോ ഈ മൊബൈൽ ഫോണിന്റെ സിം കാർഡ് ആ സിം കാർഡിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമാണത് പക്ഷെ അത് പ്ലാസ്റ്റിക് എന്തിനു വേണ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചില സാധനങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി മാത്രമാണത് ഉം ഇങ്ങനെ മനസ്സിലാക്കിക്കോളണം അപ്പൊ ആത്മാനം രദിനം വിധി എന്താണ് ആത്മാവ് ആത്മാവിനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എല്ലാ ഹൃദയങ്ങളുടെയും ഹൃദയമായി ഹൃത്തായി എല്ലാറ്റിന്റെയും ഹൃത് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ രക്തം പമ്പിയുന്ന ഹൃദയമല്ല ഹൃത് കേന്ദ്രം എല്ലാറ്റിൻ്റെയും കേന്ദ്രമായിട്ട് പിന്നെ ആചാര്യൻ അതിനെ നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് ഹൃദയങ്ങളുടെ ഹൃദയം ഹൃദയമായി സ്നേഹത്തിന്റെ സ്നേഹമായി എന്ന് പറയാം എല്ലാറ്റിൻ്റെയും ഉള്ളിലൊതുക്കുന്നത് എല്ലാറ്റിനെയും ഉള്ളിലൊതുക്കുന്നത് എന്ന് പറയാം എന്നാ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാറ്റിനും അധിഷ്ഠാനമായി ആധാരമായി നിലകൊള്ളുന്നത് അതാണ് ആത്മാവ് എന്ന് പറയാം അതാണ് ഇതം സർവം ഈ കാണുന്നതല്ല ആത്മാനം രദിനം വിധി അതിവിടെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനനാണ് ആത്മസ്ഥാനീയനായിട്ട് ഈ രഥത്തിൽ നിൽക്കുന്നത് അർജുനൻ അർജുനൻ്റേതാണ് രഥം അതുകൊണ്ട് അർജുനന് രഥം എങ്ങനെ കിട്ടി ഗാണ്ഡവദാഹന സമയത്ത് അഗ്നി ഭഗവാനാൽ കൊടുക്കപ്പെട്ടത് എന്നാണ് അപ്പൊ രഥങ്ങൾ അനേകമുണ്ട് രഥം ശരീരം ശരീരത്തെയാണ് രഥം എന്ന് പറയുന്നത് അപ്പൊ ഈ ശരീരത്തിന് ദിവ്യമായ ശരീരം എന്നാ പറയുന്നത് മഹതി എന്ന് ഗീത പറഞ്ഞു ഒന്നാം അധ്യായത്തിൽ അഞ്ച് കുതിരകളെ കൂട്ടിയിട്ടുള്ള ദിവ്യമായ രഥത്തിൽ മാധവനും കൃഷ്ണനും വന്നു നാം അപ്പൊ നമ്മുടെ ശരീരം ദിവ്യമാണ് എന്തുകൊണ്ട് മാധവൻ ഉള്ളതുകൊണ്ട് മാധവൻ എന്ന് പറഞ്ഞാൽ അറിവ് അറിവ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് അറിവുള്ളതുകൊണ്ട് നാം മറ്റ് ഉള്ളവരേക്കാൾ ശ്രേഷ്ഠന്മാരാണ് ഇത് ഈ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ പല കുഴപ്പങ്ങളുണ്ട് ഈ അടുത്ത സ്വാമി ഒരു ടി വി പ്രോഗ്രാം കാണുമായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ പറയുന്നു മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഉദാഹരിച്ചത് ഒരു കൊരങ്ങൻ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല ഇളനീരെടുത്ത് ആ ഇളനീര് തുരന്ന് നോക്കി തുരന്നു എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പപ്പായയുടെ മരത്തിൽ നിന്നൊരു പപ്പായക്കോല് പൊട്ടിച്ച് സ്ട്രോ ആക്കി കുടിച്ചു നതൊരു തമാശയ്ക്ക് പറ്റും പക്ഷേ അതായത് ബുദ്ധി എന്ന് പറയുന്നത് അനുകരണമല്ല ബുദ്ധി നമ്മൾ സാധാരണ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നാം ചെയ്യുന്നത് മൃഗം ചെയ്യുന്നത് ബുദ്ധിയാണെന്ന് അത് ബുദ്ധി ലക്ഷണം നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് അനുകരണം വേറെ ബുദ്ധി വേറെ ഏത് ജീവിയെ സംബന്ധിച്ചും അതിന് നിലനിൽക്കാൻ വേണ്ടുന്ന ആഹാരം അതിന്റെ പാർപ്പിടം അതിന്റെ വംശവർധനവിനായിട്ടുള്ള ആ പ്രജനന പ്രക്രിയ ആഹാരം നിദ്ര ഭയം മൈഥുനം ഇത്യാദി കാര്യങ്ങളൊക്കെ അവർക്ക് നേടാൻ അവർക്ക് അതിൽ വ്യാപരിക്കാൻ മറ്റൊരാളുടെ ട്രെയിനിങ് ആവശ്യമില്ല അവർക്കറിയാമത് അത് അതിന്റെ പ്രകൃതിയാണ് പ്രകൃതമാണ് ബുദ്ധി എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ് അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പോ ഒരു തൊപ്പിട്ടതുപോലെ കുരങ്ങിനെ തൊപ്പിട്ട് കഴിഞ്ഞാൽ കുരങ്ങിനെ ബുദ്ധി ഉണ്ട് എന്നാ അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കരുത് എന്ന് പറയാ അനുകരിക്കുക അനുകരണം വേറെ ബുദ്ധി വേറെ അപ്പൊ ബുദ്ധിസ്ഥാനീയനായിട്ടാണ് ഇവിടെ ആര് ഭഗവാൻ ബുദ്ധി എന്ന് പറയുമ്പം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മനസ്സിലായി ഇത്ര വരെ ശ്രവണം ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം എന്ന് സ്വാമി വിചാരിക്കുന്നു ബുദ്ധിയുടെ തലം ചഞ്ചലാത്മിക മനഹ നിശ്ചയാത്മിക ബുദ്ധി എന്ന് നിർവചിച്ചിട്ടുള്ളതാണ് അപ്പൊ ബുദ്ധിസ്ഥാനീയനായിട്ടിവിടെ കൃഷ്ണനുണ്ട് അപ്പൊ രഥം മഹത്തരമായത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മാധവൻ നിലനിൽക്കുന്നതുകൊണ്ട് പിന്നെ രഥത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതെന്താണ് കൊടിയടയാളം കൊരങ്ങനാണ് എന്ന് പറയാം കൊരങ്ങനാണ് നമ്മുടെ രഥത്തിൻ്റെ രഥത്തെ തിരിച്ചറിയാനുള്ളൊരു മാർഗം ആരാണ് ഇതിനകത്ത് വസിക്കുന്നത് അതെന്താണ് കൊടിയാണ് കൊരങ്ങൻ ഇതേ കൊരങ്ങൻ തന്നെ മാറണം എന്നാൽ വേറെ വല്ല ജീവിയും കൊണ്ടുവച്ചാൽ മതിയോ പോരാ എന്ന് പറയാം കൊരങ്ങൻ്റെ മുഴുവൻ സാധ്യതയെ ആവിഷ്കരിച്ച വേറൊരു മഹാകുരങ്ങൻ മുരാണ് ഹനുമാൻ ഒരു കൊരങ്ങനിൽ നിന്ന് എപ്പോഴാണോ ഹനുമാനിലേക്ക് നാം പരിവർത്തനം ചെയ്യപ്പെടുന്നത് ആ സമയത്ത് രഥം സ്റ്റേബിളാണെന്ന് പറയാം സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നൊരു അതാണ് ഭഗവാൻ വിഭൂതിയിലൊക്കെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണെന്ന് പറയുമ്പം മുഴുവൻ അസുരന്മാർക്കും ലക്ഷ്യമായിരിക്കുന്നവൻ പ്രഹ്ലാദനാണ് മാർഗമാണ് എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുക അതുപോലെ മുഴുവൻ കൊരങ്ങന്മാർക്കും ആരാണ് ഹനുമാനാണ് ലക്ഷ്യം അതുകൊണ്ട് ഹനുമാനെ സംബന്ധിച്ച് സംശയമില്ലാത്ത ഒരാളാണ് ഹനുമാൻ സംശയമുണ്ട് മറ്റുള്ളവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു എത്ര ചാടാൻ പറ്റും എത്ര ഇങ്ങോട്ട് ചാടാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ അപ്പൊ സംശയമുള്ള നമ്മൾ നമ്മുടെ ഒരു ലക്ഷണം കാണിക്കുകയാണ് ഇവിടെ ഋഷി ഒരു സംശയമുള്ള ഒരാളുടെ ചിത്രമാണത് എന്ന് പറയാം അതേസമയം ആ ആളെ പൂർണ്ണമായിട്ട് മാറ്റുക മാറ്റണം എന്നിട്ട് ഇതേ ലക്ഷണം തന്നെയായിരിക്കും ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ആൾക്ക് അതുകൊണ്ട് ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് നോട്ടത്തിൽ മനസ്സിലാവില്ല ഒരുപോലെ ഇരിക്കും ജ്ഞാനിയെയും അജ്ഞാനിയെയും തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ല തെറ്റിദ്ധരിക്കരുത് പ്രഭ ഉണ്ടാവോ എന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിത്രത്തിൽ വേണമെങ്കിൽ വരച്ചു വയ്ക്കാം ഇന്ന് സ്റ്റുഡിയോയിലൊക്കെ അത് സാധ്യമാണ് നിങ്ങളുടെയൊക്കെ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ട് ബാക്കിൽ ക്രിസ്തുവിന്റെ പിറകിലൊക്കെ ഒരു ഒരു പ്രഭയം അങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞാൽ കൃഷ്ണന്റെ പിറകിലുള്ളതോ അല്ലെങ്കിൽ അതൊക്കെ സാധിക്കും എന്ന് പറയാം അതവര് ചെയ്തു ഈ പുതിയ വധൂവരന്മാരുടെ ഫോട്ടോ ഒക്കെ ചേർത്ത് വെച്ചിട്ട് കണ്ടിട്ടില്ലേ സാധ്യ ആത്മാനം രഥിനം വിധി എന്ന് പറയുമ്പോ രഥത്തിന്റെ ഉടമയെ നമുക്കിപ്പം അറിയാത്ത ഒരാളാണ് ആരുടേതാണ് ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം ജാതമായത് ഇത്യാദി കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ തൽക്കാലം അറിയില്ല അറിയുമെങ്കിൽ നല്ലത് ശരീരം രഥമേവത്തു മൊത്തം ശരീരത്തെ രഥമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു ശരീരം രഥമേവത്തു കാണാതെ പഠിക്കേണ്ട ശ്ലോകമാണേ ഇത് എന്നാലേ ഗീത നന്നായി മനസ്സിലാവുള്ളൂ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിൻ വിദ്ധി ബുദ്ധിയാണ് അതിൻ്റെ സാരഥി അപ്പം ബുദ്ധിസ്ഥാനീയനാണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറയാം അപ്പൊ നാം നമ്മുടെ രഥത്തെ ഇനി രഥം പോകുന്ന വഴിയാണ് ആ രഥം കൊണ്ടുപോകുന്നത് ആരാണ് ഇന്ദ്രിയാണ് ഹയാനാഹുഹോ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ കണ്ണ് മൂക്ക് ത്വക്ക് നാക്ക് ചെവി ഇങ്ങനെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് വഴികളിലൂടെയാണ് ഏതൊരു ജീവനും യാത്ര ചെയ്യുന്നത് ഇനി രഥകൽപ്പന പറയില്ല കേട്ടോ നമുക്ക് സഞ്ചരിക്കേണ്ട റോഡുകൾ നാം ദിവസവും രാവിലെ എഴുന്നേറ്റാൽ സഞ്ചരിക്കുന്നത് ഈ വഴികളിലാണ് ശബ്ദത്തിൻ്റെതായ പ്രപഞ്ചത്തിലേക്ക് നാം വരുന്നു വീഴുന്നു അല്ലെങ്കിൽ ആ ശബ്ദപ്രപഞ്ചത്തിൽ നാം വിഹരിക്കുന്നു വ്യാപരിക്കുന്നു ശബ്ദം അതുപോലെ സ്പർശത്തിൻ്റെതായിട്ടുള്ള രസത്തിൻ്റെതായിട്ടുള്ള ശബ്ദസ്പർശ രസരൂപത്തിൻ്റേതായിട്ടുള്ള ഗന്ധത്തിൻ്റേതായിട്ടുള്ള ഈ അഞ്ച് അനുഭവങ്ങളിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നതിനെയാണ് ജീവിതം എന്ന് പറയാൻ ഈ യാത്ര ഇതാണ് നമ്മളെ ഭഗവാൻ പറഞ്ഞത് കർഷതി വലിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെയാണല്ലോ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു ചാടി എഴുന്നേറ്റു നമ്മളെ കൊണ്ടുപോയി എന്ന് പറയാം വലിച്ചു കൊണ്ടുപോവുക ചിലയിടത്തേക്കൊക്കെ നമ്മൾ പോകേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നമ്മളെ വലിച്ചു കൊണ്ടുപോകും അല്ലേ അങ്ങനെ ഈ അഞ്ച് കുതിരകളും അഞ്ച് വഴിയിൽ എന്താ പറയുക എങ്ങനെ വലിച്ച് വലിച്ച് അഞ്ച് വഴിയിൽ നമ്മളെ കൊണ്ടുപോകുന്നു ഇതിനൊരു വല്ല നിയന്ത്രണമുണ്ടോ ആരാണ് ഇത് കൊണ്ടുപോകുന്നത് സ്വമേധയാ പോവാണോ അതോ ഇതിനൊരു ഡ്രൈവർ ഉണ്ടോ അതോ ഡ്രൈവർ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഗീതയായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ സൗകര്യമാണ് അതൊന്നും ഇല്ലെങ്കിലോ ഒരു കുതിര എങ്ങോട്ട് വിളിക്കും വേറൊരു കുതിര അങ്ങോട്ടും പോവും അതിനനുസരിച്ച് അത് അങ്ങനെ അങ്ങനെ പോവും അപ്പൊ ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക ദിവസവും രാവിലെ ആത്മാനം രദിനം വിദ്യ ശരീരം രഥമേവത്തു ബുദ്ധിം തൂ സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവച്ച പിന്നെ മനസ്സാണ് മനസ്സാണ് കടിഞ്ഞാണെന്ന് പറയുക അപ്പൊ ഈ മനസ്സ് എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത് ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അപ്പം ബുദ്ധിയും ഇന്ദ്രിയവും തമ്മിലുള്ള ബന്ധനം മനസ്സിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധനം സ്ഥാപിച്ചിട്ടുണ്ടോ അത്തരത്തിലൊരു ബന്ധിപ്പിക്കൽ നടത്തിയിട്ടുണ്ടോ എൻ്റെ ഇടയിൽ ചിലപ്പം ഈ ബന്ധനം നടന്നിട്ടുണ്ടാവില്ല ഇന്ദ്രിയങ്ങളും കുതിരകളും തമ്മിൽ അല്ല അതായത് കുതിരയും മനസ്സും ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ടാവും പക്ഷേ അത് പോയിട്ട് ബുദ്ധിയിൽ വന്നിട്ടില്ല പിടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പിടി വന്നിട്ടില്ലെങ്കിലോ ഇത് പലവഴിക്ക് പോകും ഇതിന് നിയന്ത്രണം ഉണ്ടാവില്ല ഈ നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ് വേണ്ടതെന്ന് ഒരു അതുകൊണ്ട് ഇത് ഏറ്റെടുക്കൽ ഇതൊരു സമർപ്പണമാണ് ഇത്തരത്തിലൊരു സമർപ്പണമാണ് അഹങ്കാരത്തിൻ്റെ നാശം പിന്നെ കർത്താവായിട്ട് ഞാനവിടെ ഇല്ല ഭഗവാൻ ആവശ്യപ്പെടണ ഇത്രയേക്കും ഇങ്ങോട്ട് താ ഞാൻ പിടിക്കാം എന്ന് പറയാം വിടില്ല കൊടുക്കില്ല എന്ന് പറയാം ഈ ഡ്രൈവിംഗ് അറിയുന്നവർ വേറൊരാൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്ക് ചവിട്ട് അത് തിരിക്കൂ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുമല്ലോ അതുപോലെയാ ഇതിനെ അർജുനനെ സംബന്ധിച്ച് അർജുനൻ വിട്ടു കൊടുത്തിരിക്കുന്നു നോക്കൂ ഇതെപ്പോഴും നോക്കണം എന്ന് പറയാം ഏത് തീരുമാനം എടുക്കുമ്പോഴും എന്റെ രഥം പോകുന്നത് ഇങ്ങനെയാണോ ഈ പോക്കിനൊരു ഈ പോക്കിനെയാണ് തദ്വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞിട്ടുള്ളത് സദശ്വാ ഇവ സാരഥേ നിയന്ത്രിതമാർന്ന കുതിരകളെ കൊണ്ട് അവൻ വിഷ്ണുപദത്തിൽ പോകുന്നു ഈ കുതിര എങ്ങോട്ടാണ് പോകുന്നത് വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ടം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളില്ലാത്ത ഭാവം എന്ന് പറഞ്ഞു വികതാഹകുണ്ടാഹ തസ്യഭാവ വൈകുണ്ട അല്ലെങ്കിലോ സംസാരം ച അധിക സംസാരത്തിലേക്ക് പോകും അതിങ്ങനെ തട്ടിയും മുട്ടയും അതിലും അതിലെയും ഇതിലെയും ഒക്കെ പോകും അപ്പൊ ഒന്നൊന്ന് പറയണു വേറൊന്ന് വേറൊന്ന് പറയണു വേറൊന്ന് വേറൊന്ന് പറയണോ അല്ലേ അപ്പൊ ഇതിൽ നിയന്ത്രണമില്ലാത്ത ബുദ്ധി അവിടെ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് അതിനെ ആസുരമെന്ന് പറയുന്നു ഇത് വെച്ച് ഭാരതീയ ശാസ്ത്രം മുഴുവൻ വ്യാഖ്യാനിക്കാം എപ്പോഴാണോ ഈ കടിഞ്ഞാണ് ബുദ്ധിയുമായി സമ്പർക്കമില്ലാതെ വരുന്ന സമയത്ത് അസുരന്റെ ലക്ഷണങ്ങളാണ് ഇതിലുള്ളത് അപ്പോഴെന്താ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യം അവിടെ ബുദ്ധിക്ക് സ്ഥാനമൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ ഒരു ആത്മാവൊന്നുമില്ല ഇതിലിത്രയും മനസ്സിലാക്കാനുള്ളൂ ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ഇന്ദ്രിയങ്ങൾ പിന്നെ വിഷയങ്ങൾ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ ഇനി ഇതിൽ അറിയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അത് അതിൻ്റെ വിഷയങ്ങളിൽ അത് വ്യാപരിക്കും അതിനെ കഠിനമായിട്ടുള്ള ബലമായിട്ടുള്ള നിയന്ത്രണം വേണ്ട ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ബലമായിട്ടുള്ള പിടിച്ചു വലിക്കൽ വേണ്ട പിന്നെയോ അതിനെ ശ്രദ്ധിക്കുക ഒരു ഒരു ഒന്നൊന്ന് തളച്ച് വിട്ടാൽ മതി ഒന്ന് തളച്ച് വിട്ട് പിടികയ്യിലുണ്ടായാൽ മതി എന്ന് പറയാം തീരെ കയ്യിൽ നിന്ന് ഒഴിവാക്കരുത് അത് ഈ ചിത്രം നന്നായി ഓർമ്മയിൽ വെച്ചുകൊള്ളാം ഇത്രയുള്ളൂ ഈ നാലുവരി പഠിച്ചാൽ മതി ആത്മാനം റദിനം വിദ്ധി ശരീരം രഥമേവ തോ ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ഇന്ദ്രിയ ഹാനാഹു വിഷയാന്ദേ ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിണ മനീഷിണി ആഹു മനീഷികൾ ജ്ഞാനികൾ പറയപ്പെട്ടിരിക്കുന്നു ആത്മാ ഇന്ദ്രിയ ഇങ്ങനെ ആത്മാവും ഇന്ദ്രിയങ്ങളും അതുപോലെ മനസ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഭോക്താവാണ് അനുഭവിക്കുന്നവനാണ് ജീവൻ എന്ന് നമ്മുടെ തന്നെ ചിത്രം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലനിൽപ്പാണ് അല്ലെങ്കിൽ നാം എവിടെയാണ് കൊണ്ടുപോയി നിർത്തുന്നത് ഏറ്റവും നിർത്താൻ പറ്റിയിട്ടുള്ളൊരിടം കുരുക്ഷേത്ര ഭൂമി അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തിയാലും രഥസ്ഥാപനം നമ്മൾ ആദ്യം കണ്ടത് രഥകൽപ്പന രഥകൽപ്പനയിൽ നിന്ന് രഥസ്ഥാപനത്തിലേക്ക് വരിക രഥസ്ഥാപനത്തിൽ ഒന്നാം അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ കൊണ്ടുപോയി നിർത്തി കൊടുത്തു ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാചപാർത്ഥ പശെയ്താൻ സമവേതാൻ കുറൂൻ ഇതി ഇതാ ഈ കുരുക്കന്മാരെയൊക്കെ നീ കണ്ടുകൊള്ളൂ ആരൊക്കെയാണ് ഭീഷ്മര് ദ്രോണര് ഇത്യാദി പ്രമുഖന്മാർ അപ്പോൾ ആരോടാണ് ഇനി നാം യുദ്ധം ചെയ്യേണ്ടത് അപ്പം നമ്മുടെ യുദ്ധം എവിടെയാണ് നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് യുദ്ധം ഉള്ളിൽ രണ്ട് പ്രകാരത്തിലുള്ള ചിത്തവൃത്തികളുണ്ട് സദ്ഭാവങ്ങളും അസദ്ഭാവങ്ങളും സദ്ഭാവത്തെ പാണ്ഡവന്മാരെന്ന് സദ്ഗുണങ്ങളെ പാണ്ഡവൻ എന്നാൽ പണ്ടയുള്ളവൻ എന്ന് പക്ഷം ഒരു മതം പണ്ടെന്ന് പറഞ്ഞാൽ ആത്മവിഷയകമായ ജ്ഞാനം അതിനെ നമ്മൾ കണ്ടു ധർമ്മപുത്ര ഭീഷ ഭീമനും അർജുനനും നകുലനും സഹദേവനും അല്ലേ ധർമ്മം ധർമ്മത്തെ പുത്രസമമായി സ്വീകരിക്കാൻ പോകുന്ന ആ ധർമ്മബുദ്ധി ഭീമൻ മഹത്തായ കർമ്മം അർജുനൻ രുചിത്വമാർന്ന ഭാവം നകുലൻ കുലരഹിതമായ ഭാവം സഹദേവൻ ദേവൈഹി സഹ സദ്ഭാവങ്ങളാണ് ഈ അഞ്ചെണ്ണം പിന്നെ എണിയാൽടുങ്ങാത്ത നൂറ്റി ചില്ലാനും അസുര സന്തതികൾ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വാസനകൾ അതിൽ കേവന്മാരായിട്ടുള്ള ദുര്യോധനനും ദുഃശാസനും അത് നരകത്തിലേക്കുള്ള വഴിയായിട്ട് ഭഗവാൻ പറഞ്ഞു നരകത്തിലേക്ക് മൂന്ന് വെബ്സൈറ്റുകളുടെ പേര് പറഞ്ഞിട്ടില്ലേ മൂന്നാണ് ഡബ്ല്യൂ ഡബ്ല്യൂ കാമൺ ഇതെല്ലാം കിട്ടാൻ ഒറ്റ സൈറ്റിൽ പോയി ഒരു സർച്ച് കൊടുത്താൽ മതി അത്യാഗ്രഹം ഡോട്ട് കോമിൽ പോയാൽ ഇതെല്ലാം കിട്ടും അങ്ങനെ വന്നോളൂ പേജ് പേജ് പേജായിട്ട് ഇതിൻ്റെ വാതിലുകളായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എണ്ണിയാലൊടുങ്ങാത്ത ദുർ ദുര്യോധനൻ ധനത്തെ ദുർവ്യയോഗം ചെയ്യുക ദുശാസനൻ തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുക എന്ന് തുടങ്ങി അപ്പൊ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എവിടെയാണ് നിലകൊള്ളുന്നത് ഏതെങ്കിലും ഒരു സ്ഥൂലമായ ഭൂമിയിലാണോ അല്ല പിന്നെയോ മനുഷ്യ മനസ്സുകളിലാണോ അപ്പൊ മനുഷ്യ മനസ്സിൽ നടത്തേണ്ടുന്ന നടക്കേണ്ടുന്ന അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തെ വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നത് ഏതോ കാലത്ത് ആരോ എപ്പോഴൊക്കെയോ നടത്തിയ യുദ്ധമല്ല അപ്പൊ ഏത് യുദ്ധവും ആരംഭിക്കുന്നത് ഈ അകത്താണ് അപ്പൊ അവിടെയാണ് അതിന് എന്ത് ചെയ്യേണ്ടത് ഇല്ലായ്മ ചെയ്യേണ്ടത് ഉള്ളില് രണ്ട് പ്രകാരത്തിലുള്ള ചിത്തവൃത്തികളുണ്ട് സദ്ഭാവങ്ങളും അസദ്ഭാവങ്ങളും സദ്ഭാവത്തെ പാണ്ഡവന്മാരെന്ന് സദ്ഗുണങ്ങളെ പാണ്ഡവൻ എന്നാൽ പണ്ടയുള്ളവൻ എന്ന് ഒരു പക്ഷം ഒരു മതം പണ്ടെന്ന് പറഞ്ഞ ആത്മവിഷയകമായ ജ്ഞാനം അതിനെ നമ്മൾ കണ്ടു ധർമ്മപുത്ര ഭീഷ ഭീമനും നകുലനും സഹദേവനും അല്ലേ ധർമ്മം ധർമ്മത്തെ പുത്രസമമായി സ്വീകരിക്കാൻ പോകുന്ന ആ ധർമ്മബുദ്ധി ഭീമൻ മഹത്തായ കർമ്മം അർജുനൻ രുചിത്വമാർന്ന ഭാവം നകുലൻ കുലരഹിതമായ ഭാവം സഹദേവൻ ദേവൈ ഹി സഹ സദ്ഭാവങ്ങളാണ് ഈ അഞ്ചെണ്ണം പിന്നെ എണിയാൽ ഒടുങ്ങാത്ത നൂറ്റി ചില്ലാനും അസുരസന്തതികൾ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വാസനകൾ അതിൽ കേവന്മാരായിട്ടുള്ള ദുര്യോധനും ദുഃശാസനും അത് നരകത്തിലേക്കുള്ള വഴിയായിട്ട് ഭഗവാൻ പറഞ്ഞു നരകത്തിലേക്ക് മൂന്ന് വെബ്സൈറ്റുകളുടെ പേര് പറഞ്ഞിട്ടില്ലേ മൂന്നാണ് ഡബ്ല്യൂ ഡബ്ല്യൂ കാമൺ ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യൂ ക്രോധം ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യൂ ലോഭം ഡോട്ട് കോം കിട്ടാൻ ഒറ്റ സൈറ്റിൽ പോയി ഒരു സെർച്ച് കൊടുത്താൽ മതി അത്യാഗ്രഹം ഡോട്ട് പോയാൽ ഇതെല്ലാം കിട്ടും അങ്ങനെ വന്നോളൂ പേജ് പേജ് പേജായിട്ട് ഇതിൻ്റെ വാതിലുകളായിട്ട് പറയുകയും ചെയ്ത് അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത ദുർ ദുര്യോധനൻ ധനത്തെ ദുർവ്യയം ചെയ്യുക ദുഃശാസനൻ തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുക എന്ന് തുടങ്ങി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എവിടെയാണ് നിലകൊള്ളുന്നത് ഏതെങ്കിലും ഒരു സ്ഥൂലമായ ഭൂമിയിലാണോ അല്ല പിന്നെയോ മനുഷ്യ മനസ്സുകളിലാണോ അപ്പോൾ മനുഷ്യ മനസ്സിൽ നടത്തേണ്ടുന്ന നടക്കേണ്ടുന്ന അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നത് ഏതോ കാലത്ത് ആരോ എപ്പോഴൊക്കെയോ നടത്തിയോ യുദ്ധമല്ല അപ്പൊ ഏത് യുദ്ധവും ആരംഭിക്കുന്നത് ഈ അകത്താണ് അപ്പൊ അവിടെയാണ് അതിനെ എന്ത് ചെയ്യേണ്ടത് ഇല്ലായ്മ ചെയ്യേണ്ടത് അപ്പൊ അതില് ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അപ്പൊ അതിന് കൊണ്ടുപോയി നിർത്തി ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് എന്ന് പറയുന്നത് അവിടെ ഭീഷ്മരും ദ്രോണരും അവരെയൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടു ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഭയത്തിൽ നിന്ന് രണ്ടെന്ന ഭാവം ഉണ്ടാകുന്നു ദ്വിതീയാതുവൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി രണ്ടിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത് രണ്ടിൽ നിന്നാണ് എന്താ രണ്ടെന്ന ഭാവമാണ് ഭയത്തെ ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദ്വൈതത്തെ ഉണ്ടാക്കുന്നത് ഭ്രമം ഉണ്ടാക്കുന്നത് അപ്പൊ ഇവരൊക്കെ അതിശക്തന്മാരാണ് അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഒന്നാം അധ്യായത്തിൽ വിസ്തരിച്ച് കണ്ടിട്ടുണ്ട് ഒന്ന് സ്വാമി ഓർമ്മിപ്പിച്ചു നേട ഈ അധ്യായത്തിൽ ഈ അധ്യായമല്ല ഭഗവാൻ എല്ലാ അധ്യായങ്ങളെയും സംഗ്രഹിക്കുകയാണ് സംഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കർമ്മത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നുകൂടെ സ്വാമി വിസ്തരിച്ച് പറഞ്ഞു തരാം ഒൻപതാം പതിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അഞ്ച് കാരണങ്ങൾ ഉണ്ട് എന്ന് പറയാം എന്തൊക്കെയാണ് അഞ്ച് കാരണങ്ങൾ അധിഷ്ഠാനം അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം ചെയ്യണം എന്ന ഒരു ഇച്ഛ അത് മാത്രമല്ല ഇന്ന ചെയ്യണം എന്നൊരു അറിവ് ഇതാണ് അധിഷ്ഠാനം അധിഷ്ഠാനം എന്താണെന്ന് ചോദിക്കേണ്ട അധിഷ്ഠാനം അതുപോലെ കർത്താവ് അത് ചെയ്യുന്ന ആള് അഹം കർത്താവ് ഞാൻ പിന്നെ ഇന്ദ്രിയങ്ങൾ അതിനായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പിന്നെ ചേഷ്ടകൾ അതിനനുസരിച്ച പ്രതികരണങ്ങൾ ചേഷ്ടകൾ പിന്നെയോ പ്രകൃതി ശക്തി ഇങ്ങനെ അഞ്ച് കരണ അഞ്ച് കർമ്മം ചെയ്യാനുള്ള കർമ്മത്തിൻ്റെ അഞ്ച് കാരണങ്ങളെ ഭഗവാൻ ആദ്യം അവതരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കർമ്മത്തിൻ്റെ വീണ്ടും കർമ്മത്തിന് മൂന്ന് ഘടകങ്ങളും കൂടെ ഉണ്ട് എന്ന് പറയാം എന്തൊക്കെയാണത് ഒന്ന് ശാരീരികം ഒന്ന് വാചികം ഒന്ന് മാനസികം എന്തൊക്കെയാണത് മനസ്സുകൊണ്ട് വിചാരിക്കുക വിചാരങ്ങൾ വിചാരങ്ങളുടെ സ്ഥൂലമായിട്ട് വാക്കുകൾ രണ്ട് വാക്കുകളുടെ വീണ്ടും സൂക്ഷ്മ സ്ഥൂലമായിട്ടുള്ള സ്ഥൂലീകൃതമായ ഭാവം പ്രവൃത്തികൾ ഇതൊക്കെ ഗീതയുടെ രഹസ്യമായി മനസ്സിലാക്കി വെച്ചുകൊള്ള എന്താണ് വിചാരങ്ങളാണ് വാക്കുകൾ വാക്കുകളാണ് പ്രവൃത്തി അപ്പൊ ഒരുവന്റെ വിചാരം എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചിരിക്കും അവന്റെ പ്രവൃത്തി പ്രവൃത്തിയാണ് പെരുമാറ്റം അതാണ് ഒരുവന്റെ സംസ്കാരം ഇപ്പം ഭാരതീയ ഋഷി സംസ്കാരം രൂപം കൊള്ളുന്നത് വിചാരത്തിലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിനേൽക്കുന്ന ക്ഷയം എന്ന് പറയുന്ന ക്ഷേത്രധ്വംസനവും അല്ലെങ്കിൽ മറ്റു പരത്തിൽ മറ്റ് പല വിധത്തിലുള്ള നമ്മൾ ചെറുത്തു നിൽക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബിൽഡിങ് സംരക്ഷിക്കുന്നത് കാര്യമില്ല ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര വിചാര വിപ്ലവം അതിലൂടെ മാത്രമേ സനാതനധർമ്മത്തിന് നിലനിൽപ്പുണ്ടാകുന്നുള്ളൂ അത് നടത്തുന്നത് ഏതെങ്കിലും ഒരു സംഘടനയല്ല എന്ന് പറയാം അത് വ്യക്തി മനസ്സിലാണ് സംഭവിക്കുന്നത് അത് വർഷങ്ങൾ യുഗങ്ങൾ കഴിയുമ്പോൾ ഒരു ബുദ്ധൻ ധാരാളമാണ് ഒരു ശങ്കരൻ ധാരാളം പെരുത്താളുകളൊന്നും വേണ്ട അവർ മതി ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അപ്പൊ വിചാരങ്ങൾ ആ വിചാരങ്ങൾക്ക് വിചാരങ്ങളെ എങ്ങനെ ബലപ്പെടുത്താം എന്നാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സ് ആവിർഭവിക്കുന്നത് ഏതിൽ നിന്നാണ് എന്ന് അന്നമയം ഹി സൗമ്യമനഹ ഉപനിഷത് മന്ത്രം ഓർമ്മയിരിക്കട്ടെ അപ്പൊ ഒരു ജനത കഴിക്കുന്ന ആഹാരം ആ ജനതയുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുക ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങൾ അതിഗംഭീരമാണ് പൊട്ട പൊട്ടത്തരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിയ ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കൊക്കെ കനത്ത വില കൊടുക്കേണ്ടി വരും ഇതൊന്നും മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചെറുപ്പക്കാരൊന്നും നീ വഴിക്ക് ചിന്തിക്കാത്ത അതുകൊണ്ടാണ് എന്തൊക്കെയോ ബള് പറഞ്ഞിരിക്കണോ എന്ന് ഒരു ജനത ഒരു ജനതയുടെ കരുത്ത് നിർണയിക്കുന്നത് ഇതാണെന്ന് പറയാ നോക്കൂ അതിനെ കോർത്തിണക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ വിചാരങ്ങളുടെ വിചാരങ്ങൾ ആവിർഭവിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധാത്രയത്തിൽ പറഞ്ഞു മൂന്ന് പ്രകാരത്തിലുള്ള സങ്കൽപ്പങ്ങൾ തപസ് വാങ്മയ തപസ് അതിന് രജോ ഗുണവും തമോ ഗുണവും സത്വഗുണവും എന്തിനാ ഭഗവാൻ ഇങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യമുണ്ട് അതിന് സ്വാമിക്ക് പറയാനുള്ള ഉത്തരം സ്വാമിജി പറയുന്ന ഉത്തരം തന്നെയാണ് ഭഗവാൻ എന്തെങ്കിലും കാണുമ്പം കോളർ ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് ചോദിക്കുക എന്തിനാ ഉണ്ടാക്കിയെന്ന് എന്നാ ചോദ്യം അവസാനിക്കും അന്വേഷിക്കുക ഭഗവാനോട് തന്നെ ചോദിക്കുക എന്ന് പറയാം അപ്പൊ വികാര വിചാരങ്ങൾക്ക് എന്താ അതിനടിസ്ഥാനത്തെയൊക്കെ പറഞ്ഞു ശ്രദ്ധാത്രയത്തിലും ആ ഗുണത്രയ വിഭാഗയോഗത്തിലുമൊക്കെ അപ്പൊ ശ്രദ്ധിക്കൂ അപ്പൊ അധിഷ്ഠാനം കർത്താവ് ഇന്ദ്രിയങ്ങൾ ചേഷ്ടകള് പ്രകൃതി ശക്തി തുടർന്ന് പറഞ്ഞു മനസ്സുകൊണ്ട് വിചാരിക്കുക വാക്കുകൊണ്ട് പറയുക ശരീരം കൊണ്ട് പ്രവർത്തിക്കുക അപ്പൊ ഇത് തമ്മിലുള്ള പാരസ്പര്യത്തെയാണ് ഉപനിഷത്തിൽ പറഞ്ഞത് മനോമേ വാജിപ്രതിഷ്ഠിതം വാങ്്മേ മനസ്സിപ്രതിഷ്ഠിതം വാക്കില് മനസ്സും മനസ്സില് വാക്കും ഉണ്ടായിരിക്കട്ടെ പൂരകങ്ങളായിരിക്കട്ടെ എന്ന് നമുക്ക് പലപ്പോഴും പൂരകങ്ങളല്ല ഇത് വാക്കില് മനസ്സൊന്നും ഉണ്ടാവാറില്ല ഞാൻ നാളെ വരാം എന്ന് പറയുമ്പം ഉണ്ടാകാറുണ്ടോ ഇല്ല അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ തുടർന്ന് ഭഗവാൻ പറഞ്ഞു എന്താണ് ഇവിടെ ശ്രദ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ശ്ലോകം സ്വാമി അതിന് വേണ്ടത്ര സമയം എടുത്തുന്ന് ഇല്ല എന്നാ തോന്നുന്നത് പതിനാറാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തത്രം സതി കർത്താരം ആത്മാനം കേവലം തു യഹ പശ്യതി അകൃതബുദ്ധിത്വാത് നശ്യതി ദുർമതി ശ്രദ്ധിക്കുക തത്ര സതി യഹ ആത്മാനം കേവലം കർത്താരം പശ്യതി ഈ അഞ്ചു കരണങ്ങളാണ് കർമ്മത്തിന് നിദാനമായിട്ട് നിലകൊള്ളുന്നത് എന്നിരിക്കെ യാതൊരുവനാണ് ആത്മാനം കേവലം കർത്താരം പശ്യതി ആത്മാവിനെ കർത്താവായി അറിയുന്നത് ഇവിടെ ആത്മൻ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് വ്യാഖ്യാതാവിൻ്റെ ഒരു സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കാരണം ആത്മൻ ശബ്ദത്തിന് ഗീതയെ ഗീതയിൽ പല പ്രകാരത്തിൽ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് എന്നുള്ള ശ്ലോകം ഭഗവാൻ അതിനുവേണ്ടി തന്നെയാണ് രചിച്ചത് അപ്പോൾ ഒരുവൻ ധരിക്കുന്നു എങ്ങനെയൊക്കെ ധരിച്ചാലും ഇതിൽ ഒരു രണ്ട് രണ്ടു മൂന്ന് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് ആത്മാവിനെ കർത്താവായി അറിയുന്നു എന്നിരിക്കട്ടെ ഏതാത്മാവിനെ ശുദ്ധ ബോധത്തെ അത് തെറ്റ് കാരണം ബോധത്തിൽ ബോധത്തിന് കർത്തൃത്വം ഇല്ല എന്നുള്ളതുകൊണ്ട് രണ്ട് ശരീരമാണ് കർത്താവ് എന്ന് ധരിക്കുന്നുവെങ്കിലോ ഞാൻ എന്ന അഹംബോധ അതും തെറ്റ് അപ്പൊ ആരാണോ ഈ കരണങ്ങളെ വിസ്മരിച്ചുകൊണ്ട് കർത്താവ് കേവലം മറ്റെന്തോ ആണ് ആത്മൻ ശബ്ദത്തിന് എന്തൊക്കെ അർത്ഥം പറയാമോ അതൊക്കെയാണ് എന്ന് കരുതുന്നത് അതെല്ലാം മൂഢബുദ്ധികളാണ് എന്ന് പറയാം അകൃത ബുദ്ധിത്വാത് അകൃത ബുദ്ധി എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാ സംസ്കാരമില്ലാത്ത ബുദ്ധി സംസ്കാരമില്ലായ്മ എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുക ആചാര്യനിൽ നിന്ന് ശാസ്ത്രം ശ്രവിക്കണം അപ്പൊ ആചാര്യോപാസനവും ശാസ്ത്ര ഇല്ലാത്ത ഒരുവനെയാണ് അകൃത ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് ഒരു ചോദ്യ രൂപത്തിൽ ചോദിച്ചിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യം സ്വാമിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ചോദ്യങ്ങളാണ് ശാസ്ത്രത്തിൽ ഊന്നി നിന്നിട്ടുള്ള ചോദ്യങ്ങൾ ശരി തുടർന്ന് പറഞ്ഞു യസ്യ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തത് പറയുന്നത് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കൂ യസ്യ അഹംകൃത ഇത് ഭാവ നവതി യസ്യ ബുദ്ധി ന ലിപ്യത റിയണം യാതൊരുവൻ ഞാൻ ചെയ്തവനാകുന്നു എന്ന അറിവ് യാതൊരുവന് ഉണ്ടാകുന്നില്ലയോ യാതൊരുവൻ ബുദ്ധി യാതൊരുവന്റെ ബോധം നലിപ്പ്യതേ ഫലകാംക്ഷയിൽ പറ്റുന്നില്ലയോ ഈ ഫലകാംക്ഷയിൽ പറ്റാതിരിക്കണമെങ്കിൽ ഇവൻ ഈ ആത്മാവിന്റെ രുചി അറിയണം എന്ന് പറയുക അതിനെ ഒന്ന് രുചിച്ചു നോക്കേണ്ടതുണ്ട് പിന്നെ മറ്റതിൽ പോയി ഇങ്ങനെ രുചിക്കാനുള്ള ശ്രമം നടത്തില്ല അതുകൊണ്ട് ഗീതയുടെ ഒരു അതെ ഒരു ഒരു കുട്ടി ഒരു കുട്ടി ഇങ്ങനെ കളിക്കുക അവന്റെ വീട്ടിൽ അപ്പൊ അടുത്ത വീട്ടിൽ വലിയൊരു ഡോബർമാൻ നായയുണ്ട് ഭായങ്കരനാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇല്ലേ അപ്പൊ ഇവൻ അവരുടെ വീട്ടിൻ്റെ ആ മതിൽ ഗേറ്റിന്റെ അവിടെ പോയി ഇങ്ങനെ നിന്നു നിന്ന സമയത്ത് ഇതിനെ അഴിച്ചുവിട്ട സമയമാണ് അതിൻ്റെ ഒരു റൗണ്ട്സ് ഉണ്ട് വൈകുന്നേരം അപ്പൊ അതങ്ങനെ ഓടി ഓടിയപ്പോ ഇവനെ കണ്ടു ഈ കുട്ടിയെ കണ്ടു ഓടി വന്ന് ചാടി അങ്ങോട്ട് ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അതിൻ്റെ വലിയ നാവാണ് നാവിട്ടിട്ട് ഇവനെ അങ്ങോട്ട് നക്കി കുട്ടി പേടിച്ചും പിറയിലേക്ക് വീണിട്ട് കരയാൻ തുടങ്ങി അപ്പൊ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് ഓടി കുട്ടിയെ എടുത്തു എന്നിട്ട് ചോദിച്ചു മോനെ അത് കടിച്ചോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല അതെന്നെ രുചിച്ചു നോക്കി എന്ന് പറയാം ഇതിൻ്റെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു രുചിച്ചു നോക്കലുണ്ടല്ലോ ഇതിവിടെ സംഭവിക്കണം എന്ന് പറയാം ആത്മാവിൻ്റെ രുചി കടിയോ കിട്ടിയില്ല പോട്ടെ ഒരു രുചിയെങ്കിലും അറിയേണ്ടതുണ്ട് അത് ഗീതയുടെ ഒരു കടി കിട്ടിയാന്നല്ല ഗീതയുടെ കടിയെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ അതെ ഒരു തലോണല്ലെങ്കിലും ഒരു അതെങ്കിലും ആവശ്യമാണെന്ന് പതിനെട്ട് അധ്യായം ശ്രവിച്ചതല്ലേ കടികിട്ടാനുള്ള വകുപ്പ് വേണ്ടതാ ശരിക്കും പറഞ്ഞ ശ്രദ്ധിക്കും അപ്പം അപ്പൊ ആ ഇത്ര നേ ഇത്ര അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ ആ അഹങ്കാരത്തെ ഒന്ന് ആ തെറ്റിദ്ധാരണയെ ഒന്ന് മാറ്റിയിട്ട് അവിടെ എന്നെ ഒന്ന് പ്രതിഷ്ഠിക്കൂ എന്നിട്ട് എന്നെ അനുഭവിക്കൂ കർമ്മത്തിന് മൂന്ന് ആശ്രയങ്ങളെ പറഞ്ഞു ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം ഇവിടെ ഭഗവാൻ കർമ്മത്തിന്റെ മൂന്ന് പ്രേരണയെ പറയുന്നു ആ പ്രേരണ മൂന്ന് വിധത്തിൽ എങ്ങനെയൊക്കെയാണ് ആ പ്രേരണ മൂന്ന് വിധം എന്ന് പറഞ്ഞത് പരിജ്ഞാത ത്രിവിധ കർമ്മചോദന ത്രിവിധ കർമ്മ സംഗ്രഹ വീണ്ടും ഭഗവാൻ കർമ്മത്തിന്റെ ഒരു മൂന്ന് കാര്യങ്ങളെയും കൂടെ പറയും എന്തൊക്കെയാണ് ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്ത ഇതി ത്രിവിധ കർമ്മസംഗ്രഹ ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാല് അറിവ് ജാനാതി ഇതി അറിയുന്നത് ജ്ഞാനം ജ്ഞേയം ജ്ഞാതും യോഗ്യം ജ്ഞേയം അറിയേണ്ടത് അറിയാൻ യോഗ്യമായത് അറിവിൻ്റെ വിഷയം പരിജ്ഞാത അറിയുന്നവൻ അറിയുന്നവനെയാണ് പരിജ്ഞാത എന്ന് പറയുന്നത് പരിതോ ജാതി ഇതി പരിജ്ഞാത അറിയുന്നവൻ അറിവിന്റെ കർത്താവ് എന്ന് പറയാം അപ്പൊ ജ്ഞേയം പരിജ്ഞാത ഇങ്ങനെ മൂന്ന് ഇതിൽ ഇപ്രകാരം കർമ്മചോദന കർമ്മത്തിൻ്റെ പ്രേരണ ത്രിവിധ മൂന്ന് വിധം അപ്പൊ കർമ്മത്തിൻ്റെ പ്രേരണ എന്തൊക്കെയാണ് ഇത് മൂന്ന് വിധമാണ് ഇപ്പൊ ഏത് കർമ്മവും ഈ ശ്ലോകങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കർമ്മങ്ങളെയും വിശകലനം ചെയ്യാം അപ്പൊ ഇതാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് സ്വാമി മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമ്മളൊരു കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം നാം എടുത്തിടുന്ന ഒരു ആവരണമുണ്ട് ആ ആവരണം എടുത്തിട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും കർമ്മം ചെയ്യുക അത് ചിലപ്പോ അച്ഛൻ്റേതായിരിക്കാം അമ്മയുടേതായിരിക്കാം സുഹൃത്തിൻ്റെതായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് മതപുരോഹിതൻ എന്ന നിലയ്ക്ക് ഗുരു എന്ന നിലയ്ക്ക് ശിഷ്യൻ എന്ന നിലയ്ക്ക് ഒക്കെ എടുത്തിടും പക്ഷേ ആ ഉടുപ്പല്ല ശരിയായിട്ടുള്ള ഉടുപ്പ് എന്ന് പറയാം അതൊരാവരണം മാത്രമാണ് അപ്പോൾ ഈ ആവരണം നീങ്ങണമെങ്കിലോ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയും വളരെ ഇത് മനഃശാസ്ത്രമാണ് എന്നുള്ളതുകൊണ്ട് പറയുകയാണ് നിങ്ങളതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ എടുത്തേ മതിയാവൂ എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മളൊരാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്ത്രീയോട് പറയാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അവരെ എന്തോ ഒന്ന് കണ്ടു ചിരിച്ചു ഒക്കെ ഞാൻ വിട്ടുതരാം ഞാൻ വീട്ടിൽ വിട്ടുതരാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പം അതിന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്തു ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്ര എന്തൊക്കെയാണ് ഇതിലെൻ്റെ പ്രേരണകൾ ഇത് ഞാൻ സ്വന്തമായിട്ട് വിചാരം ചെയ്യണം അതാണ് അതിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മുഴുവ പെട്ടെന്നൊരു യൂണിഫോം എടുത്തിട്ടതാണ് സഹായിക്കുന്ന ഒരാളുടെ പക്ഷേ അതായിരിക്കില്ല അതിൽ സ്വാമി ഇതിൻ്റെ മനഃശാസ്ത്രം പറയുകയാണേ നിങ്ങളതിനെ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കരുത് ഒരു മനഃശാസ്ത്രം പറയാണ് അപ്പൊ പലരെയും നമ്മൾ സഹായിക്കുന്നത് ഇത് ഏത് കർമ്മവും അതെ പലരെയും സഹായിക്കണം എന്ന് തോന്നുന്നത് പലതും ശത്രുത നടിക്കുന്നത് എല്ലാറ്റിനും എല്ലാറ്റിൻ്റെയും ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ കീറിയാൽ അതിനെ തൊലി പൊളിച്ചാൽ നമുക്കിതൊക്കെ കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിലോ നമ്മൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ ഞാൻ ഒരുവനെ സഹായിക്കുന്നത് ഞാൻ എന്തിനാണ് ഒരു വീട്ടിൽ എപ്പോഴും പോകുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ദേശം എന്താ ആലോചിച്ചോളൂ ഈ ഇതിന്റെ വെളിച്ചത്തില് ആരൊക്കെ ഉണ്ട് ഇവിടെ അതാണ് ഭഗവത്ഗീതയുടെ ഒരു വലിയ അത് ഉപനിഷത്തിൽ പോലും ഇത്ര ഉപനിഷത്ത് വേറൊരു വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഗീത നമ്മളെ നമ്മുടെ നിത്യ ജീവിതത്തിലെ നടക്കുന്ന വഴികളെ എല്ലാം പറഞ്ഞു വന്നിട്ട് അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു വന്നിരിക്കുക അതുകൊണ്ട് ആലോചിക്കുക അറിവ് ം അറിയേണ്ടത് പരിജ്ഞാത അറിയുന്നവൻ ഇവരൊക്കെ വളരെ ശക്തന്മാരാണ് ഇതിനൊന്നും നിഷേധിക്കാൻ ആർക്കും പറ്റില്ല ഇതിനെയൊക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യുമ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കർമ്മചോദന കർമ്മത്തിന്റെ പ്രേരണ ത്രിവിധ ഈ മൂന്നുമാണ് കരണം ഇന്ദ്രിയം കർമ്മ കർമ്മം കർത്ത കർത്താവ് ഇത് കർമ്മസംഗ്രഹ കർമ്മത്തെ സംഗ്രഹിച്ച് കർമ്മഘടകം ത്രിവിധ മൂന്ന് തരം അപ്പോൾ കർമ്മം നടക്കുന്നത് ഒരു പ്രേരണയെ ഉപജീവിച്ചാണ് എന്ന് പറയാം പ്രേരണ പ്രേരണയാണ് അതിൻ്റെ പിറകിൽ ഏത് കർമ്മത്തിനും ആ പ്രേരണ മൂന്ന് വിധത്തിൽ എന്തൊക്കെയാണ് ഭഗവാനിവിടെ പറഞ്ഞു ജ്ഞാനം ജ്ഞേയം ജ്ഞാത മൂന്നെണ്ണം റിവ് അറിവിന്റെ വിഷയം അറിയുന്നവൻ ഈ മൂന്നിന്റെയും ഒരു സമപ്രേരണയുണ്ട് ഇത് ഓരോന്ന് ഓരോ വഴിക്കാണ് ഒന്നിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ ഇത് ചിലപ്പോ നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലായോ എന്ന് സ്വാമിക്ക് അറിയില്ല കാരണം മനസ്സിലാക്കാൻ വിഷമില്ലാത്തതാണ് ചിലരിങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ട് ഇതിന് വേറെ ഭാഷ ഇല്ല പറയാൻ ഇതൊക്കെ അതുകൊണ്ടാണ് സ്വാമി വേറൊരു ഉദാഹരണം അവിടെ നിർദ്ദേശിച്ച് തന്നത് പലപ്പോഴും നമ്മൾ അങ്ങനെ പറയും നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ന്യായീകരിക്കും പക്ഷേ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് കടക്കണം ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും കുലുക്കാൻ പറ്റില്ല എന്ന് പറയാം ഒരു വിധത്തിലും കുലുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ആടി ഒലഞ്ഞു പോവും കാരണം നമ്മൾ എന്താണെന്നറിയാം നമ്മൾ ശ്രദ്ധിക്കാത്ത ചില മേഖല അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇളക്കം ഉണ്ടാകുന്നത് ഇത് നിങ്ങളെ അതൊക്കെ നന്നായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇളകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ന കമ്പതെ ജ്ഞാ ഞാനീ ഇളകില്ല എന്തുകൊണ്ട് അവൻ ഇതിന്റെ അധിഷ്ഠാനത്തെ മുഴുവൻ പരിശോധിച്ചവനാണ് അവൻ ഇതെല്ലാം അറിയാം കർത്താവ് ഇന്ദ്രിയങ്ങള് കർമ്മം ഇതിലൊക്കെ ഞാൻ എങ്ങനെ എന്താണ് എന്റെ കർമ്മങ്ങളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരൊക്കെയാണ് ഇതിൽ എന്റെ റോൾ എന്താണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നന്നായി അറിയുന്നു ജ്ഞാനം ജ്ഞേയം ജ്ഞാത ഇതിനെ വേദാന്തത്തിൻ്റെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ത്രിപുടി എന്ന് പറയും ആചാര്യസ്വാമികൾ ഈ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിന് ഒരു പ്രകരണ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് ദൃക് ദൃശ്യ വിവേകം പേര് ദൃക് ദൃശ്യം വിവേകം ണുന്നവൻ കാണപ്പെടുന്നത് കാണൽ എന്താണ് സംഭവിക്കുന്നത് അതിനായി ഈ ത്രിപുടി ത്രിപുടിയുടെ നാശം ത്രിപുടിയുടെ വിലയനം ഇതിലാണ് ജ്ഞാനത്തിൻ്റെ ഉദയം അപ്പം ഇതിനെയൊക്കെ വിസ്തരിച്ച് പറയുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിവ് അറിവിൻ്റെ വിഷയം അറിയുന്നവൻ ഈ മൂന്നിൻ്റെയും സമപ്രേരണയാലാണ് ഒരു കർമ്മം നടക്കുന്നത് അപ്പം കർമ്മത്തെ കീറി മുറിച്ചാൽ ഇതൊക്കെയുണ്ട് പലപ്പോഴും നമ്മൾ കർമ്മം ചെയ്തിട്ട് എന്തിനാ അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മത്തിന് വേണ്ടത്ര പൂർണ്ണതയില്ലാത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു കീറി മുറിക്കൽ നടക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ കർമ്മത്തിനും ഇങ്ങനെ കീറി മുറിക്കണം എന്നല്ല ഒരിക്കലെങ്കിലും കർമ്മത്തിന് നിദാനമായിട്ടുള്ളത് ഇതൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരിക്കലറിഞ്ഞാൽ മതി സമുദ്രജലത്തിന്റെ രുചി ഒരിക്കലറിഞ്ഞാൽ മതി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണ്ട വേണം വേണ്ട അപ്പൊ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കർമ്മത്തിൻ്റെ ചോദനയായിട്ട് ഭഗവാൻ വീണ്ടും ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ ഇങ്ങനെ കർമ്മഘടകത്തെ മൂന്നായിട്ട് വീണ്ടും അവതരിപ്പിച്ചു അടുത്ത ശ്ലോകം ചൊല്ലിയേദ പ്രോച്യത്തെ ഗുണസംഖ്യുണഭേദ പ്രോചിയതേ ഗുണസാഖ്യാന ഗുണസാഖ്യാനെ യഥാവത് ശൃണു താൻ അപ്പി ഭഗവാൻ വീണ്ടും അതിൻ്റെ ചുരുളുകളെ അഴിക്കണം കർമ്മത്തിൻ്റെ ജ്ഞാനം ജ്ഞാനം അറിവ് കർമ്മ കർമ്മവും ജ്ഞാനം ജ്ഞാനം കർമ്മം ച്ഞാനവും കർമ്മവും കർത്ത കർത്താവും ഗുണഭേദ ഗുണഭേദം നിമിത്തം ത്രിതായേവ മൂന്ന് പ്രകാരമായി തന്നെ ഗുണസാഖ്യാനെ സാഖ്യയോഗത്തിൽ നമ്മൾ കണ്ടു കപില ദർശനത്തില് പ്രോച്ചിയതേ പറയുന്നു അപ്പം ഭഗവാൻ ഇവിടെ ശരിക്കൊരു ശാസ്ത്ര വിചാരം തന്നെയാണ് അർജുനന്റെ മുൻപാകെ അവതരിപ്പിക്കുന്നത് കാരണം അർജുനന് പഴയ ശാസ്ത്രങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് പലതും അപ്പൊ അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭഗവാന്റെ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് സാങ്ക്യ ദർശനത്തെയൊക്കെ ഇവിടെ വീണ്ടും അവതരിപ്പിക്കുന്നത് അപ്പൊ ഗുണസാഖ്യാനെ കവില ദർശനത്തിലും മറ്റും ഇങ്ങനെ പ്രോച്ചിയതെ പറയുന്നു എന്താ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനം കർമ്മം കർത്താവ് ഇങ്ങനെയുള്ള ഗുണഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശരി താൻ അഭി അതിനെക്കുറിച്ചും യഥാവത് ശൃണു നീ എന്നിൽ നിന്ന് കേട്ടാലും ഞാൻ നിനക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ സ്വാമി ഞങ്ങൾക്കറിയില്ലല്ലോ അത് സാങ്കേതിക ദർശനത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് ഫോട്ടോ വിട്ടേക്കൂ ഭഗവാൻ പറയാം ഭഗവാൻ പറയാൻ പോകുന്നു എന്താണ് എന്നുള്ളത് നോക്കാം സർവഭൂതം ഭാവമം വ്യയമീക്ഷം വിഭക്തം വിദ്ധി സാത്വികം സർവഭൂതേഷു ഏകം ഭാവം അവ്യയംം ഈക്ഷതേ അവിഭക്തം വിഭക്തേഷു തത്യാനം വിദ്ധി സാത്വികം ഭഗവാൻ എന്തു പറയുമ്പോഴും സാത്വികം രാജസികം താമസികം ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരിക്കും പറയുന്നു വിഭക്തേഷു വിഭക്തേഷു എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെട്ട വെവ്വേറെയായിട്ടുള്ള സർവഭൂതേഷു എല്ലാ സൃഷ്ടികളിലും അവിഭക്തം വിഭജിക്കപ്പെടാത്തതായി വേർപെടാത്തതായി ഏകം അവയയം ഭാവം ഏകമായ അവയയം നാശമില്ലാത്ത ഭാവം ഭാവത്തെ ആത്മസത്തയെ ഏന ഈക്ഷതേ ഏന യാതൊന്നുകൊണ്ട് ഈക്ഷതെ കാണുന്നു യാതൊന്ന് ഹേതുവായി കാണുന്നു തജ്ഞാനം സാത്വികം വിധി ആ അറിവിനെ സാത്വികമെന്ന് അറിഞ്ഞാലും ഇവിടെ ഭഗവാൻ ജ്ഞാനത്തെ പറയണം എങ്ങനെ അറിയണം എല്ലാ വിഭജനങ്ങളിലും ഈ പ്രപഞ്ച ഈ പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകർഷണ പഞ്ചീകൃതം നന്നായി പഞ്ചീകരിക്കപ്പെട്ടത് അഞ്ച് മഹാഭൂത അഞ്ച് മഹാഭൂതങ്ങൾ വെവ്വേറെയായി നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പറഞ്ഞിട്ടുണ്ടോ പഞ്ചീകരണം ഓർക്കുന്നില്ലേ ഇല്ല തത്വബോധത്തിൽ പഞ്ചീകരണം എന്നൊരു പരിപാടിയുണ്ട് പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ച് പറയാം പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു എന്താണ് ഇതിന്റെ ചേരുവ ഇതിന്റെ മിക്സ്ചർ എങ്ങനെയാണെന്ന് വേദത്തിൽ പറയുന്നത് ഏതസ്മാത് ആത്മന ആകാശ കേട്ടിട്ടുണ്ടാവും പരമമായ ബോധസത്തയിൽ നിന്ന് ആകാശം ഉണ്ടായി ആകാശാത് വായു ആകാശത്തിൽ നിന്ന് വായു വായോരഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നേ അഗ്നിയിൽ നിന്ന് അപ്പ് ജലം അത്ഭ്യ പൃഥിവി അതിൽ നിന്ന് അപ്പിൽ നിന്ന് ഭൂമി ഭൂമേരോഷദയ ഭൂമിയിൽ നിന്ന് ഔഷധികൾ ഔഷധീഭ്യോ അന്നം ഔഷധിയിൽ നിന്ന് അന്നം അന്നാത് പുരുഷ അന്നത്തിൽ നിന്ന് നമ്മളൊക്കെ എല്ലാവരും ശരി സദേവ സൗമ്യ ഇതമഗ്രെ ആസീത് ഏകമേവാ ദ്വിതീയം എന്ന് ഉപനിഷത്ത് വീണ്ടും കുട്ടി ഈ സൃഷ്ടിക്ക് മുൻപ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഐക്ഷത അത് സങ്കൽപ്പിച്ചു ബഹുസിയാം പ്രജായേയ ഇതി പലതാകട്ടെ എന്ന് അപ്പൊ ബോധസത്തയിൽ നിന്ന് ആത്മാവ് ആ ആത്മാവ് പലതാകട്ടെ എന്ന് സങ്കൽപ്പിച്ചു ആദ്യം ആ സങ്കല്പത്തിൽ നിന്നാണത്രേ ആകാശം ഉണ്ടാവുന്നത് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആകാശം ചിതാകാശത്തിൽ നിന്ന് ആകാശം ആകാശാത് വായു ആകാശത്തിൽ നിന്ന് വായു അപ്പൊ ആകാശം സങ്കല്പിച്ചു പലതാകട്ടെ എന്ന് അപ്പൊ ആകാശത്തിൽ നിന്ന് വായു വായു സങ്കല്പിച്ചു പലതാകട്ടെന്ന് വായുരഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നി സങ്കല്പിച്ചു പലതാകട്ടെ എന്ന് അഗ്നെ എന്താ ആപ ജലം ജലം സങ്കല്പിച്ചു പലതാകട്ടെ അപ്പൊ അതിൽ നിന്ന് ഭൂമി ഭൂമി സങ്കല്പിച്ചു പലതാകട്ടെ അതിൽ നിന്ന് വൃക്ഷ ലതാദികളൊക്കെ എന്നിട്ട് എങ്ങനെയാണ് അതിലേക്ക് ജീവൻ പ്രവേശിച്ചത് ഇതൊക്കെ ഉപനിഷത്തിലെ വിഷയമാണ് ഏതായാലും സ്വാമി വളരെ സംഗ്രഹിച്ച് ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ നിങ്ങളൊന്ന് തയ്യാറാവുക ഇതൊക്കെ നമ്മൾ ഇപ്പം പറയുമ്പോൾ ഈ സങ്കല്പിക്കുക എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് സങ്കല്പിച്ചാൽ പിടികിട്ടില്ല എന്നാൽ കിട്ടാതിരിക്കാൻ പാടില്ലല്ലോ ശരിയാവണല്ലോ അങ്ങനെ അങ്ങോട്ട് പറയാ ശരിയാവില്ലല്ലോ ഏതായാലും നമുക്കൊരു ശ്രമിക്കാം എന്തുകൊണ്ടെന്നാൽ ഈ ഉണ്ടായ ബുദ്ധി ബുദ്ധിയുടെ ഒരു പരിമിതി ഉണ്ടേ അതായത് മുല്ല പറയുന്ന ഒരു തമാശ അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് മോനോട് പറയാണ് രാത്രി മോനെ സൂര്യൻ ഉദിച്ചോ നോക്കാൻ ഓൻ പോയിട്ട് പറഞ്ഞു ഇല്ലല്ലോ അച്ചാ എടാ ടോർച്ച് അടിച്ച് നോക്കാൻ വളരെ രസകരമായിട്ടുള്ള ഒരു തമാശയാണ് ടോർച്ച് അടിച്ച് സൂര്യൻ ഉദിച്ചോ എന്ന് നാം ശ്രമം നടത്തുന്നുവെങ്കിൽ നടപ്പില്ല ഒന്ന് ഇനി സൂര്യൻ മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ കാർമ്മികത്താൽ മറയപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ അതെങ്ങനെയാണ് പറയുന്നത് സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് തന്നെ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ അറിയുന്നത് തന്നെ സൂര്യൻ മറിഞ്ഞിരിക്കണോ എന്ന് സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുമോ ഇല്ലയല്ലോ എന്നാലും നമ്മൾ പറയണു എന്ത് സൂര്യനെ കാണാനില്ല എന്ന് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധി കൊണ്ടും സൃഷ്ടിക്കപ്പെട്ട മനസ്സുകൊണ്ടും സൃഷ്ടിയുടെ ആരംഭത്തെ അന്വേഷിക്കുകയാണ് അറിയാൻ ഒരു ശ്രമം നടത്തുകയാണ് അതൊരു പരിമിതി ഉണ്ട് എന്ന് പറയാം അതൊന്ന് ബോധ്യമാവണം അതിൽ നിന്നുകൊണ്ട് വേണം ഒരു ശ്രമം നടത്താൻ പക്ഷേ ചിലരോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ പറയും അവർ പറയും ഞാനൊന്ന് ശ്രമിക്കാം അതുപോലെ ഒരു ശ്രമം ന നമ്മുടെ മനസ്സിന് ഒരു ശ്രമം നടത്താമെന്ന് പറയാം അപ്പൊ പലതായി പലതാകുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം സ്വാമി ഇത് പറഞ്ഞു തന്നെയാണ് ഓർമ്മ അഞ്ച് വൃത്തങ്ങൾ ഇല്ല ഒന്നുകൂടെ സങ്കല്പിച്ചോളൂ ഒരു വൃത്തം സങ്കല്പിക്കുക ആദ്യം തന്നെ ഒരു വൃത്തം വരച്ച് വെക്കുക മനസ്സിൽ ഒരു ബ്ലാക്ക് ബോർഡ് ആ ബ്ലാക്ക് ബോർഡില് ഒരു വൃത്തം വരച്ചു ആ വൃത്തത്തിന് നമ്മൾ ഒരു പേര് കൊടുത്തു ബോധമെന്നോ ആത്മ എന്നോ എന്തെങ്കിലും ഒരു പേര് തോന്നിയ പേരിടരുത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര് അത് സങ്കല്പിക്കുകയാണ് പലതാകട്ടെ എന്ന് നമ്മുടെ സങ്കല്പം വേറെ അതിന്റെ സങ്കല്പം വേറെ ആ സങ്കല്പത്തെ സ്വാമി പറഞ്ഞിട്ടുള്ളതായിരിക്കല്ലേ അതായത് നമ്മുടെ മുണ്ടിന്റെ പക്കത്ത് പറ്റി പിടിച്ചു കിടക്കുന്ന പുല്ല് സങ്കല്പിച്ചിട്ടുണ്ട് എന്ത് സങ്കല്പിച്ചിട്ടുണ്ട് നീ എനിക്ക് പലതാകണമെന്ന് അതുകൊണ്ട് നമ്മുടെ കൂടെ വന്നതാണ് എന്നിട്ടോ അത് വേറൊരു സ്ഥലത്ത് വീണ് വളരും കാറ്റത്ത് പറക്കുന്ന അപ്പൂപ്പൻ താടിയിൽ ഈ സങ്കല്പമുണ്ട് ഉപനിഷത്തിലെ ഋഷി പറയുന്ന ബഹുശ്യാം പ്രജായേമ എന്ന മഹത്തായ ഋഷി വചനത്തെ വഹിച്ചുകൊണ്ട് കാറ്റത്തതങ്ങനെ പറക്കുക എനിക്ക് പലതാകണം അതുകൊണ്ട് ഞാനിതാ വേറൊരു ദേശത്ത് ഒരു സ്ഥലത്ത് പോയി അവിടെ വീണ് അവിടെ എനിക്ക് വളരണം വളർന്നു വീണ്ടും എനിക്ക് പലതാവണം എന്ന് പറയാം ഒരു ക്യാൻസർ വൈറസിൽ പോലും ഈ പലതാകാനുള്ള ഏതിലും പലതാകാനുള്ള ആ ഒരു ത്വര അടങ്ങാത്ത ഒരു ത്വര അതുണ്ടെന്ന് പ്രപഞ്ചത്തിലെല്ലാറ്റിലും ഉണ്ട് ആ പലതാകട്ടെ എന്ന് ആഗ്രഹിച്ചതാണ് പറയുന്ന സ്വാമിയും കേൾക്കുന്ന നിങ്ങളും ഓക്കെ ആ സങ്കല്പം അതിനെയാണ് സങ്കല്പം ആ സങ്കല്പം ഈ വിശ്വത്തിലെല്ലാറ്റിലും ഉണ്ട് ഒരഗ്നി ആവേശിക്കുന്ന സമയത്ത് ഈ മുഴുവൻ ഹാളിനെയും കാർന്ന് തിന്നാൻ പോന്ന ശേഷി ഈ സങ്കല്പം കൊണ്ട് ഈ സങ്കല്പമാണ് അതിന് എല്ലാറ്റിനെയും വിഴുങ്ങുന്നത് എനിക്ക് പലതാകണം ഞാൻ പലതിലേക്കും എനിക്ക് പ്രവേശിക്കണം എല്ലാറ്റിനും ഉണ്ട് എന്ന് പറയാം അതാണ് സങ്കല്പം അല്ലാതെ നമ്മൾ സങ്കല്പിക്കുകയല്ലോ അമ്പലത്തിൻ്റെ നടയിൽ പോയിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട് ആൾ്രൂപം അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ കൈ അത് വേറെ ഇത് വേറെ അപ്പൊ ആ സങ്കല്പത്തിൽ നിന്ന് ആദ്യം രണ്ടാമത്തെ ഒരു വൃത്തം വരച്ചു വെച്ചോളൂ ആ വൃത്തത്തിന് ആകാശമെന്ന് പേര് കൊടുത്തോളൂ അടുത്ത വൃത്തത്തിന് വായു എന്ന് കൊടുത്തോളൂ അടുത്ത വൃത്തത്തിന് അഗ്നിയെന്നും അതിൻ്റെ അടുത്തതിന് ജലമെന്നും അതിൻ്റെ അടുത്തതിന് ഭൂമിയെന്നും കൊടുത്തോളൂ ഇനി അത് സങ്ക വിഭജിക്കപ്പെടുന്നതാണ് അപ്പൊ ഒരു വൃത്തം താഴെ അഞ്ച് വൃത്തങ്ങൾ ഇനി ആ വൃത്തങ്ങളൊക്കെ തന്നെ വീണ്ടും താഴെ അർദ്ധവൃത്തങ്ങൾ വരയ്ക്കാം പകുതി പകുതി പകുതി പകുതി പകുതി വൃത്തങ്ങൾ പകുതി പകുതി വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അഞ്ചെണ്ണം എന്നിട്ട് ഓരോ വൃത്തത്തിൻ്റെ താഴെ ആ പകുതി നാലാകുന്നു ആ പകുതി നാലാകുന്നു പഞ്ചീകരണം പഠിപ്പിക്കുകയാണ് സ്വാമി ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഈ കണക്കിനാണ് വിശ്വം ഉണ്ടായത് എന്നുള്ളതാ അപ്പം നാല് നാല് നാല് പാർട്ടായിരിക്കണം അടിയിലെ ഭാഗം അടിഭാഗം അതുപോലെ തന്നെ പകുതിയായിട്ട് നിലനിൽക്കുന്നു ഇനി പഞ്ചീകരണം തുടങ്ങാൻ പോവുക ഇപ്പോൾ ആദ്യത്തെ വൃത്തം വീണ്ടും അതിൻ്റെ താഴെ ഇത് രണ്ടായി വന്നു ആ രണ്ടായാൽ ആദ്യ ഭാഗം ആദ്യ പകുതി ഭാഗം ആകാശമായി നിലകൊള്ളുന്നു അതിൻ്റെ താഴെയുള്ള നാല് ചെറിയ ഭാഗങ്ങൾ അതായത് താഴെയുള്ള അർദ്ധഭാഗം നാലാകുന്നു മനസ്സിലാക്കുക ആദ്യത്തെ വൃത്തം ആത്മാ പിന്നെ അത് ഓരോന്നും സങ്കൽപ്പിച്ചിട്ടുള്ള പൂർണ്ണ ഭാവം അതിനെ തന്മാത്ര എന്ന് പറയും തദ് മാത്ര തെറ്റിദ്ധരിക്കേണ്ട തന്മാത്ര എന്ന് പറയാ തത് മാത്രം അത് മാത്രം അത് ഈ അഞ്ച് മഹാഭൂതങ്ങൾ നേർ പകുതിയായി എന്നിട്ട് നാലായി ഓരോ മഹാഭൂതങ്ങളും പകുതിയായി അതുപോലെ നാലായി ഇനി ആകാശത്തിലെ ആ അടിയിലുള്ള അർദ്ധഭാഗത്തിലെ ഒന്നാമത്തെ ഭാഗം നാലിലെ ഒരു ഭാഗം തൊട്ടടുത്ത വായുവിൽ പോയി നിൽക്കുന്നു അപ്പൊ വായുവിലെ ആ ഭാഗം വന്നിട്ട് ആകാശത്തിൽ നിൽക്കുന്നു ഇപ്പം എന്തായിന്നറിയോ ആകാശം എന്ന മഹാഭൂതത്തിൻ്റെ പകുതി ഭാഗം ഒരു ഭാഗത്തിൽ ഈ അർദ്ധഭാഗം നാലായതിൽ ഒരു ഭാഗം വായുവുണ്ട് ബാക്കി മൂന്ന് ഭാഗം ആകാശം തന്നെയാണ് അപ്പോൾ അതിലെ അടുത്ത ഒരു ഭാഗം പോയിട്ട് വായുവില്ലല്ല അഗ്നിയിലേക്ക് പോവും അപ്പൊ അഗ്നിയുടെ ഒരു ഭാഗം വന്നിട്ട് ഇതിൽ നിന്നു ഇപ്പോൾ അർദ്ധഭാഗവും ഒരു ഭാഗം വായുവും ഒരു ഭാഗം അഗ്നിയും ഇനി അടുത്ത ഭാഗം പോയിട്ട് ഭൂമിയിലേക്ക് പോയി അപ്പൊ ഭൂമിയുടെ ഒരു ഭാഗം വന്നു അവിടെ ഇപ്പൊ ആകാശത്തിൻ്റെ അർദ്ധഭാഗവും ഒരു ഭാഗം വായു ഒരു ഭാഗം അഗ്നി ഒരു ഭാഗം ജലമാണ് നിൽക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കായിരുന്നു ജലം വന്നു പിന്നെ ഇനി പിന്നെയുള്ളത് അവസാന ഭാഗമാണ് ആ ഭാഗവും കൂടെ പോയിട്ട് ഭൂമി വന്നു അപ്പം അർദ്ധഭാഗം ആകാശം അതിലെ ഓരോ ഭാഗങ്ങളും ആ അർദ്ധഭാഗം നാലായത് വായു അഗ്നി ജലം ഭൂമി ഇതാണ് പഞ്ചീകൃതമായ തന്മാത്ര ഇതിനെ പഞ്ചീകൃതമെന്നും ഇതിൻ്റെ മുകളിലുള്ളതിനെ അപഞ്ചീകൃതമെന്നും പറയും ഇതിൻ്റെ ഒരു ത്രിവൃത്കരണമുണ്ട് ഏതാ ചാന്തോക്യോപനിഷത്തിൽ അത് വായുവിനെയും ആകാശത്തെയും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തിയിട്ട് പഠിപ്പിക്കുന്നതാണ് രണ്ടും ത്രിവൃത്കരണവും പഞ്ചീകരണവും ഒന്ന് തന്നെയാണ് ഇങ്ങനെ ആകാശത്തിൻ്റെ പഞ്ചീകരണം നടന്നതുപോലെ തന്നെ വായുവിൻ്റേതും അപ്പം വായുവിൽ എന്തുണ്ടാവും വായുവിൻ്റെ അർദ്ധഭാഗം പിന്നെ നാല് ഭാഗങ്ങൾ ആകാശം ഉണ്ടാവും വായുണ്ടാവില്ല അഗ്നി ഉണ്ടാവും ജലമുണ്ടാവും ഭൂമി ഉണ്ടാവും അടുത്തത് അഗ്നിയാണ് അഗ്നിയുടെ അർദ്ധഭാഗം അതുപോലെ ആകാശം വായു ജലം ഭൂമി പിന്നെ അടുത്തത് ഭൂമി ഭൂമിയുടെ അർദ്ധഭാഗം ക്ലിയർ ഇതാണ് പഞ്ചീകൃതം പഞ്ചീകരണം ഈ വിശ്വം മുഴുവൻ എടുത്താൽ നാമം ഇതു തന്നെയാണ് നമ്മളിൽ ഇതുണ്ട് നമ്മളിൽ അഗ്നിയുണ്ട് നമ്മളിൽ ആകാശമുണ്ട് നമ്മളിൽ വായുവുണ്ട് നമ്മളിൽ ജലമുണ്ട് നമ്മളിൽ ഭൂമിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചത്വം പ്രാപിച്ചു എന്ന് ഒരു ഇതിൽ പറയും പഞ്ചത്വം പ്രാപിച്ചു പറയും അഞ്ച് തത്വങ്ങൾ അഞ്ച് മഹാഭൂതങ്ങൾ അഞ്ച് മഹാഭൂതങ്ങളായി വിലയിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നി ഉണ്ടാവില്ല ചൂടുണ്ടാവില്ല മരിച്ച ആളുടെ ദേഹത്ത് ചൂടുണ്ടാവോ ഇല്ല ചൂടുണ്ടാവുക ഇല്ല എന്ന് പറയാം ചൂടനാണെങ്കിൽ പോലും ചൂടുണ്ടാവില്ല തണുത്ത് നല്ല കോലു പോലെ എന്താ ഐസ് ഫ്രൂട്ട് പോലെ അതിനെ വെറുതെ ഇട്ടാൽ ഈ പഞ്ചത്വം കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ സഹായം കൊണ്ട് ഈ പഞ്ചത്വം വളരെ എളുപ്പത്തിൽ പഠിക്കാം ഒരു നായ നോക്കിയാൽ മതി ഭൂമിയുടെ അംശം ഗന്ധം ആദ്യം വരും അല്ലേ പിന്നെ അതിന്റെ ജലം പോവും ജലത്തിന്റെ വഴിക്ക് അഗ്നി ചൂട് പോയിട്ടുണ്ടാവും പിന്നെ ആകാശം സ്പേസ് അത് നിൽക്കുന്ന അതിൻ്റെ ഒരു ഇടം അത് ഈ വിശ്വം ഈ വിശ്വത്തിൽ ഉപയോഗിച്ച ഒരു ഇടമുണ്ട് അതിന് നിൽക്കാൻ ഒരു ഇടമുണ്ടായിരുന്നു അതും മാറിക്കിട്ടും രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നിനെയും കാണില്ല